still do as the nourish thing. ക്ഷഖ്യനം ഭക്ഷ്യതിരി ഓരോ തദപ്യോം യമാഷ ജാഗസ് പ്രജസപേകോനവിശതിമുഖ സ്ഥൂലൈശ്വാണര പ്രഥമ പാദ પુનસ્તાનં અંતપ્રજ્ઞ સત્તાંંગ એકોન વિમ્સ નિમુખ પ્રવિવિત્તભુ તેજસෝ દીય પાદહ યત્ર સુપ્તો નકંજના કામંગા મયતે નકંજના સ્વપ્નં પશ્ય તત્સુ સુક્તં સુજક્તસ્થાનં એતિ ભૂદ પ્રજ્ઞાનકને વાનંતમયો ાનંદભુ േരീവാൻ എവനി പ്രി ഭൂത ന്ദ്രം ന പ്രജ്ഞാനഘനം നപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അവിഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം യോഗാത്മ പ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർം മനന്തി സത്മാേയ ജാഗരികരോ അകാര മാത്രേരാധിപത്വ ये ആപണോതിക സർവാൻ കാമാനശ്ചോതിയ സ്വപ്നസ്ഥാന സ ഉോ ദ്ധ്രാവുത്കർഷാ ഭയത്വാൻ ഉത്കർഷലിഹ വൈ ജനസന്ദതിമാനശ്ചോതിയാബ്രഹീയം വേദുസ്ഥാന പ്ര്യൂമകാല തൃതീയാ മാത്രമിതേരപീതിർ വിനോദിഹവാദം അപേതിയച്ചു വ്യവഹാര പ്രപഞ്ചോത്മീവ സംവിശതിയേദ अलब्धा वरना सर्वे धर्मा प्रकृति आद बुद्धा तथा मुक्ता बुध्य नायका അലബ്ധം അപ്രാതം ആവരണം അവിധനത്തെ ധർമ്മ അലബാവ ഹിതായി തൊണ്ണൂറ്റിയേഴാമത്തെ കരിയിൽ പറഞ്ഞു ആണുമാത്രേവിധർമ്മീയ ജായമാണ് ഇവിടെ എന്താണ് അജാതം മജാതി അതാണ് ഗ്രഹിക്കേണ്ടത് മറിച്ചായി കഴിഞ്ഞാൽ മറിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ സത്യബോധം വരിക ഈ പ്രപഞ്ചം ഉത്പന്നമാകുന്നു സ്ഥിതി ചെയ്യുന്നു നശിക്കുന്നു എന്നൊക്കെ കരുതുക അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തോട് താതാത്മ്യം വരും ആത്മാവിനോ അനാത്മാവിനോട് താതാത്മ്യം വരും ആത്മാവിൽ തന്നെയുള്ള പ്രതീതിയാണ് ആത്മാവും അതിൽ താതാത്മ്യം അങ്ങനെ വന്നാൽ പിന്നെ അസംഗതയില്ല അസംഗതയില്ല പിന്നെ അജ്ഞാനനാശത്തെ കുറിച്ച് പറയാനുണ്ടോ അതാണ് പറഞ്ഞത് ഇതൊരു അജ്ഞാനനാശം സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അജ്ഞാനം ഉണ്ടെന്ന് വരും ആത്മാവും അജ്ഞാനവും രണ്ടായി അജ്ഞാനം നശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം ഉണ്ടെന്നാണല്ലോ എന്റെ അർത്ഥം ആത്മാവും അജ്ഞാനവും ദൈതമായി അതിന് സമാധാനം പറയുന്നു അലദ്ധാവരണം തേശാം ആവരണ ചുതിർന്നാസ്തിപൂർവകജ്ഞന്മാരിൽ ആവരണചുതി സംഭവിക്കുന്നില്ലാവരണമുണ്ട് എന്ന് സ്വസിദ്ധാന്തി അഭിമുഖം തെർഹി എന്ന് നിങ്ങൾ സിദ്ധാന്തത്തിൽ പറയുകയാണെങ്കിൽ ധർമാണം ആവരണം അഭ്യുവിധം ധർമാണം ആവരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധർമ്മങ്ങൾക്ക് ആത്മാക്കൾക്ക് ആവരണത്തെ അംഗീകരിക്കുന്നു ചോദ്യമാണ് രണ്ടായിട്ട് രണ്ടു കൂട്ടരെത്തിരിക്കുന്നു ഒന്ന് ജ്ഞാനികളും മറ്റൊന്ന് ജ്ഞാനികളും അജ്ഞാനികൾ അജ്ഞാനമുള്ളവര് ജ്ഞാനികൾ അജ്ഞാനില്ലാത്തവർ ശരി ജ്ഞാനികളെ പറയാം ജ്ഞാനം മാത്രമേ അജ്ഞാനിയെ സംബന്ധിച്ച് അത് പറയാൻ പറ്റും അതുകൊണ്ടാണല്ലോ ഈ ഭേദം വരുന്നത് ജ്ഞാനിന്നും അജ്ഞാനിന്നും അജ്ഞാനിയിൽ ജ്ഞാനിയിൽ നിന്നുള്ള വൈലക്ഷണി എന്താണ് അവിടെ ആവരണമുണ്ട് എന്ന് പറയും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആത്മാക്കളിൽ ആവരണം നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി അദ്വൈതം എങ്ങനെ ശെരിയാകും അദ്വൈതത്തിൽ രണ്ടില്ലല്ലോ നാ എത്തിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞെന്താണോ പറയുന്നത് എന്താണോ അത് കേൾക്കുന്നുണ്ട് പക്ഷേ വക്താവിന്റെ താല്പര്യമനുസരിച്ചുള്ള അർത്ഥത്തെയല്ല ശ്രോത വിഗ്രഹിക്കുന്നത് അതാ പ്രശ്നം ഒന്ന് ഉദ്ദേശിച്ച് പറയുന്നു മറ്റൊന്ന് ഉദ്ദേശിച്ച് ഗ്രഹിക്കുന്നു ഈ ശകോണത്തിലെ പലപ്പോഴും സംഭവം വിവക്ഷിതമായ അർത്ഥം ഗ്രഹിക്കത്തില്ല കാരണം ശബ്ദത്തിന് നാനാർത്ഥമുണ്ട് ഒരാൾക്ക് ഏതർത്ഥവും ഗ്രഹിക്കാം ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ആവരണം ഉണ്ടെന്നല്ല അലബ്ധാവരണ അലബ്ധം അപ്രാപ്തം ആവരണം അവിദ്യാതിബന്ധനം യേശാന്തി ധർമ്മ അലബ്ധാവരണ ബന്ധനരഹിത അതാ പറഞ്ഞു വരുന്നത് അല്ലാതെ ഒരാണവിടെ ഉണ്ടായി പിന്നീട് ആവരണം ജ്ഞാനം കൊണ്ട് നശിക്കുന്നു എന്നുള്ളതല്ല അലബാവുന്ന ആവരണങ്ങളോട് ഉണ്ടായിട്ടേയില്ല ഒരാത്മാവിനും ആവരണം സംഭവിച്ചിട്ടേയില്ല അലബ്ധം അപ്രാപ്തം ആവരണം അവരണം എന്ന് പറയുമ്പോൾ അവിദ്യാതി ബന്ധനം അവിദ്യ അതിനെ തുടർന്നുവരുന്ന ജന്മനാശങ്ങൾ ഈ ബന്ധനങ്ങൾ ശാന്തി ധർമാലബാവുന്ന ബന്ധനരഹിത ഇതാണ് ഇവിടെ മുഖ്യമായി ബോധിപ്പിക്കുന്നത് എല്ലാ ആത്മാക്കളും ബന്ധനരഹിതന്മാരാണ് അവിടെ ബന്ധനമില്ല എന്ന് പറഞ്ഞാൽ പ്രകൃതി നിർമ്മലാഹ സ്വഭാവശ പ്രകൃതി നിർമ്മലന്മാരാണ് പ്രകൃതിയതന്നെ നിർമ്മലമാണ് ഇവിടെ ആവരണം വന്നിട്ട് പിന്നെ ഇല്ലാതാകുകയില്ല ഇവിടെ പ്രകൃതി തന്നെ നിർമ്മലമാണ് സ്വഭാവശുദ്ധ സ്വഭാവീന ശുദ്ധമാണ് അശുദ്ധി ഉണ്ടാക്കി അതിനെ മാറ്റിയ ശുദ്ധിയല്ല അത് സ്വഭാവശുദ്ധി എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ ഒരു അശുദ്ധി വന്നു ആഗന്തുകമായ അശുദ്ധി എന്ന് പറയും വന്നു ചേർന്നു പിന്നെ ശുദ്ധിയാക്കി അങ്ങനെയല്ല ഇത് അവിടെ ഒരിക്കലും അത് സംഭവിച്ചിട്ടേ ഇല്ല സ്വഭാവശുദ്ധ ആദോ ബുദ്ധ തഥാ മുക്ത ഇത് നിത്യമായി ബുദ്ധനും മുക്തനുമാണ് നിത്യനായി ജ്ഞാനിയാണ് നിത്യനായി മുക്തനുമാണ് ബന്ധനവിടെ സംഭവിക്കും നിത്യമുക്തമല്ലാത്ത ഒരാത്മാവില്ല യസ്മാൻ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവം നിത്യമായി തന്നെ ശുദ്ധമായിരിക്കുന്നു ബുദ്ധനായിരിക്കുന്നു സ്വയം പ്രവാചിക്കുന്നു മുക്തനായിരിക്കുന്നു സംസാര സ്പർശമില്ലാതിരിക്കുന്നു അല്ല ഇതൊന്നും ഒരു തന്നെ പരിശ്രമം കൊണ്ടുണ്ടാക്കിയെടുത്തല്ലോ ഇത് അഭ്യാസം കൊണ്ട് സാധിച്ചല്ലോ ഇത് നിത്യം അങ്ങനെയാണോ എന്നതാണിതിൻ്റെ സ്വഭാവം അതുകൊണ്ട് ആഭരണം ഉണ്ടായി നശിക്കും നശിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല നിത്യമുക്തന്മാര് തന്നെയാണ് ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ ബന്ധനമില്ലാതെ തന്നെ മോചിച്ചിരിക്കുന്നു വിദ്യവും കഥും ദഹിയും ബുദ്ധിയെന്തോ എത്തിച്ചത് ഇതാണ് വാസ്തവമെങ്കിൽ നിങ്ങളിങ്ങനെയാണ് പറയുന്നത് ആത്മാവിനെ അറിയുന്നു ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും ജ്ഞാനി എന്നങ്ങനെ പറയാൻ പറ്റും ജ്ഞാനമുള്ളവനെ ജ്ഞാനി എന്ന് പോലെ ജ്ഞാനത്തിന്റെ ആവശ്യം എന്തോ കാരണം ആത്മാവ് നിത്യമുക്തമാണെങ്കിൽ അവിടെ നശിപ്പിക്കാൻ ഒരു അജ്ഞാനം ഇല്ല അജ്ഞാനമില്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ജ്ഞാനത്തിന്റെ ആവശ്യമില്ല ബുദ്ധി എന്തേ ആത്മാവിനെ അറിയുന്നു എന്നാർക്കെങ്കിലും പറയാൻ പറ്റും ആരെങ്കിലും ആത്മാവിനെ അറിഞ്ഞു എന്ന് പറയാൻ കഴിയും ഇതിന്റെയൊക്കെ അർത്ഥം എന്താണോ കഥം ബുദ്ധിയന്തയും നായക്കാഹ സ്വാമിനമാർ ഗുരുക്കന്മാർ സമർത്ഥ ബോധം ശക്തിമത് സ്വഭാവ അവരെങ്ങനെ സമർത്ഥന്മാരായിത്തീരുന്നു അവരെങ്ങനെ ആത്മാവിനെ ബോധിച്ചിരിക്കുന്നു ബോധന ശക്തിമത് സ്വഭാവ അതെങ്ങനെ സംഭവിക്കും ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുത്തുമെന്നോ ആത്മാവ് നിത്യമുക്തനായിരിക്കുക അത് സമയം ജ്ഞാനിയും ആയിരിക്കുക അപ്പോ കേൾക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം അനുഭവപ്പെടുന്നു നിത്യമുക്തി എന്ന് പറയുന്നതും ജ്ഞാനി എന്ന് രണ്ടാണെന്ന് ഗ്രഹിക്കുന്ന അതുകൊണ്ടാണോ ഇത് അത് രണ്ടും ഒന്നാണ് നിത്യമുക്കൻ എന്ന് പറഞ്ഞാലും ഞാൻ എന്ന് പറഞ്ഞാലും അർത്ഥവ്യത്യാസം ഒരേ ഒരു തത്വത്തെന്ന് പറയുന്നു ആഭരണമുണ്ടായി നിശ്ചെന്ന് പറയുന്നതോ അത് എന്താണ് ശബ്ദങ്ങളിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നതിന് വരുന്ന തകരാറുകളാണ് െന്ന് പറ അസ്ഥിത്വം അത് ആത്മാവിനെ സംബന്ധം അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് അസ്ഥി എന്ന് പറയുമ്പോ അവിടെ അതിന്റെ വാച്ച് അർത്ഥത്തന്നെ എടുക്കും നമ്മൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് അസ്ഥി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വാച്ച് അർത്ഥത്തെ എടുക്കുന്നത് എന്താണ് അവിടെ അസ്ഥി ശബ്ദത്തിന്റെ വാച്ച് നമ്മൾ അസ്ഥി നാസ്തി രണ്ടും മാറി മാറി ഉപയോഗിക്കുന്നു പ്രപഞ്ചത്തിൽ മാറി മാറി വരുന്നു അപ്പോൾ അസ്ഥി ശബ്ദത്തിന്റെ വച്ചാർത്ഥം പരമാർത്ഥമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് യഥാർത്ഥമെന്നാണ് ധരിക്കുന്നത് ഒരു വസുവിനുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അത് സത്യമാണ് യഥാർത്ഥമാണെന്നാണ് ധരിക്കുന്നത് പക്ഷെ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണോ അതിവിടെ കേവലം പ്രതീതി മാത്രമാണ് പരമാർത്ഥം നല്ല ആത്മാവിനെ സംബന്ധിച്ച് ഉണ്ട് എന്ന് പറയുമ്പോ അവിടെ വാച്യാർത്ഥത്തെയല്ല വിജയിക്കുന്നു ലക്ഷ്യാർത്ഥത്തെയാണ് ആ ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത് എന്താണ് കേവലം പ്രതീതിയല്ല മറിച്ചത് പരമാർത്ഥമാണ് പരമാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ പ്രതീതിയല്ലാത്തത് പ്രതീതിയിൽ ആണ് എന്താണ് അസ്ഥി നാസ്തി എന്നിങ്ങനെ ദ്വന്ദ്വാത്മകമായ അനുഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരമാർത്ഥത്തിൽ അങ്ങനെയുണ്ട് അസ്ഥി എന്ന ആത്മാവിനെ സംബന്ധിച്ച് ബോധിപ്പിക്കുമ്പോൾ അത് അതിന്റെ ലക്ഷ്യത്തിൽ മാറ്റമില്ലാത്ത ഒന്നിനെയാണ് ബോധിപ്പിക്കുന്നത് അല്ലെങ്കിൽ മാറ്റമില്ലാത്ത ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് അസ്ഥി എന്ന് പറയുന്ന അനുഭവം പ്രതീതമാകുന്നത് അഹം അസ്മി എന്നുള്ള അനുഭവം അതുകൊണ്ടാണത് ഒരിക്കലും മാറ്റം അനുഭവപ്പെടാത്തത് അനുഭവം നിലനിൽക്കുന്നിടത്തോളം അതിന് മാറ്റം വരുന്നില്ല അഹം അസ്മി എന്നല്ലാതെ അഹം നാ അസ്മി അങ്ങനെ അനുഭവം ആർക്കും ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഒരേ ശബ്ദം തന്നെ അർത്ഥത്തെ അവിടെ ലക്ഷ്യത്തിൽ ബോധിപ്പിക്കുന്നു പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു അപ്പോൾ പരമാർത്ഥത്തെ ആശ്രയിച്ചുകൊണ്ട് അത് പ്രകാശിക്കുന്നു ബാഹ്യമായി പ്രതീതമാകുന്നു അതാണ് അസ്ഥിത്വബോധം തന്നെ സംബന്ധിച്ചുള്ള അസ്തിത്വബോധം അത് മാറാതിരിക്കുന്നു ബാഹ്യമായിട്ടാണെങ്കിലും അസ്ഥി നാസ്തി മാറി മാറി വരുന്നു എന്തുകൊണ്ട് അവിടെ കേവലം പ്രതീതി ആശ്രയിച്ചിട്ടാണ് അപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് പറഞ്ഞു എന്താണോ അജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞു അവിടെ ആവരണം നശിക്കുന്നില്ല എന്ന് പറഞ്ഞു അവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ അസ്ഥി എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് കേവലം പ്രതീതി എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ തന്നിലുപയോഗിക്കുന്നത് പോലെ പാരമാർത്ഥികം എന്നുള്ള അർത്ഥത്തിലല്ല പ്രതീതമാകുന്നുണ്ട് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് സത്യമായി അനുഭവപ്പെടുന്നുണ്ട് അജ്ഞാന അവനെന്ത് പറയുന്നു ഞാൻ ആത്മാവിനെ അറിയുന്നില്ല ഞാൻ ആത്മാവല്ല നീ ആത്മാവാണോ എന്ന് ചോദിച്ചു ഞാൻ ആത്മാവല്ല ഇന്ന അവിടെ എന്താണ് അവിടെ സത്യമായി പ്രതീതമാകുന്നുണ്ട് സത്യം അതുകൊണ്ടാണ് പറയുന്നത് ആഭരണം ഒഴിയുന്നില്ല അജ്ഞനിൽ നിന്നത് മാറുന്നില്ല അത് ശരിയാണിത് ജ്ഞാനി എന്ന് പറയുമ്പോഴോ അവിടെ ആവരണം നിലനിൽക്കുന്നുണ്ട് അത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആവരണം സത്യമായി പ്രതീതമാകുന്നില്ല അജ്ഞനെങ്ങനെയാണോ അത് സത്യമായി പ്രതീതമാകുന്നത് അല്ലെങ്കിൽ അജ്ഞന്റെ പ്രതീതി എങ്ങനെയാണോ അവനെ സംബന്ധിച്ച് സത്യമായി അനുഭവപ്പെടുന്നത് ജ്ഞാനിയുടെ പ്രതീതികൾ ഞാനിയെ സംബന്ധിച്ചിടത്തോളം സത്യമായി അനുഭവപ്പെടുന്നു സത്യമായി അനുഭവപ്പെടുന്നത് എന്താണോ സ്വസ്വരൂഗന്ധൻ അവിടെ എന്താണ് അലബ്ധാവരണനായിരിക്കുന്നു ആവരണ രഹിതനായിരിക്കുന്നു ഇപ്പോ അയാളെ ജ്ഞാനിയെന്ന് വിളിക്കാനും പറയും കാരണം ഞാനീ എന്താണോ പ്രതീതമാകുന്നത് സത്യത്തെ ബുദ്ധിയില്ല അല്ലെങ്കിൽ പ്രതീതമാകുന്നില്ല ചിലത് അപ്പോ ആവരണം അസ്ഥി എന്നല്ല ഞാൻ പറയുന്നത് അജ്ഞനെന്ന് പറയുന്നു ആവരണം അസ്ഥി ആവരണം ഉണ്ട് എന്നിട്ട് അജ്ഞാനമുണ്ട് എന്ന് പറയുന്നു ഞാനെനിക്കത് പറയാൻ കഴിയില്ല കാരണം സത്യമായൊരു പ്രതീതി ഞാനിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് ഞാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നാസ്തി അതാണ് പറഞ്ഞത് ചിലർക്ക് ആവരണം നശിക്കുന്നില്ല ചിലരെ സംബന്ധിച്ച് ആവരണം നശിക്കുന്നുണ്ട് ആ പ്രതീതിയിൽ വരുന്ന സത്യാസത്യ ബുദ്ധികൾ ആശ്രയിച്ചാണ് ഇത് പറയുന്നത് ഇപ്പൊ ഞാനീ സംബന്ധിച്ച് എന്താണ് ആ ആവരണം നശിച്ചിരിക്കുന്നത് നാസ്തി അങ്ങനെ ഒരു ആവരണമില്ല ഞാൻ അജ്ഞനാണ് എന്ന് പറയേണ്ടി ബന്ധനരഹിതനാണ് അപ്പൊ അജ്ഞനിൽ അജ്ഞനിൽ കാണുന്ന ബന്ധനമോ അതും കേവലം പ്രതീതിയാണെന്ന് ഞാനീ അറിയുന്നു അതുകൊണ്ട് ആദി മുക്തനായിരിക്കുന്നു പ്രകൃതി നിർമ്മലനായിരിക്കുന്നു സർവപ്രകൃതികളും അത് അസത്യമായി പ്രതീതമാകുന്നതാണ് അത് അത് പരമാർത്ഥമല്ല എന്നറിയുന്നു അത് ആദി ബുദ്ധനായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ായിരിക്കുന്നു എന്നാൽ അജ്ഞനാണ് കരുതുന്നിടത്തോളം കാലം അവന് ആദിബുദ്ധനായോ ആദിമുക്തനായോ ഇരിക്കാൻ കഴിയുന്നുണ്ട് ആജ്ഞാനം കേവല പ്രതീതിയാണ് സത്യമല്ല എന്ന് തിരിച്ചറിയുമ്പോ അവൻ ആദിശുദ്ധനും ബുദ്ധനും മുക്തനും ആയിരിക്കുന്നു അപ്പോ ഈ ആശ്രയിച്ചിട്ടാണ് പ്രതീതിയെ ആചരിച്ചിട്ട് ഒന്നും മുഖ്യമായിട്ടതാണ് തമ്മിലെ വ്യത്യാസം തത്വ ഒന്നാണ് ഞാൻ അജ്ഞൻ ആ പ്രതീതികളെല്ലാം സത്യമായി ഗ്രഹിക്കുന്നു അതേ പ്രതീതികളെ തന്നെ ശരീരം ഉൾപ്പെടെയുള്ള പ്രതീതികളെ സത്യമല്ല എന്ന്ഗ്രഹിക്കുന്നു ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം സ്വരൂപത്തിന്റെ വ്യത്യാസം അജ്ഞനും ആത്മസ്വരൂപം തന്നെ ജ്ഞാനിയും ആത്മസ്വരൂപം തന്നെ പക്ഷേ പ്രതീതിയിൽ വ്യത്യാസമുണ്ട് അതുമാത്രമല്ല അജ്ഞനെ സംബന്ധിച്ച് തന്റെ പ്രതീതികളോട് താതാത്മ്യപ്പെടുന്നു നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്ത അധ്യാസം ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളോട് ബോധം താതാത്മ്യപ്പെട്ടിരിക്കുന്നു അതിന് വേർതിരിക്കാൻ കഴിയുന്നില്ല ചിത്തിനെയും ജഡത്തെയും വേർതിരിക്കാൻ കഴിയുന്നുണ്ട് പാലിന്റെയും വെള്ളത്തിന്റെയും മിശ്രിതത്തിൽ നിന്ന് പാലിനെ വേർതിരിക്കും ഹംസം അത് മറ്റൊരു പക്ഷിയിൽ പോകാനുള്ള ശേഷി എന്തുകൊണ്ട് അത് താതാത്മ്യപ്പെട്ടു ഒന്നായിപ്പോയി രണ്ടായിട്ടല്ല നീക്കുന്നു ഇവിടെ ജ്ഞാനവും അജ്ഞാനവും അങ്ങനെ കലർന്നിരിക്കുകയാണ് വെളിച്ചവും കലരുന്ന പോലെ അങ്ങനെ വേറൊരിക്കാൻ വയ്യ അതെന്താണോ ഈ പ്രതീതികളിൽ അജ്ഞാനം ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രതീതികൾ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ പ്രതിഭാസങ്ങളിൽ അതിൽ താതാന്മ്യപ്പെട്ടിരിക്കുന്നു അഹം ഇന്ന് താതാന്മ്യപ്പെടുന്നു അവിടെ എങ്ങനെ അഹം അജ്ഞ ഞാൻ അജ്ഞനാണ് അഹംബോധം അവിടെ എന്താണ് ശുദ്ധമായ ബോധമാണ് സ്മരിക്കുന്നത് പക്ഷെ അതിനോട് അജ്ഞാനത്തെ ചേർക്കുന്നു ഒന്നാക്കി അനുഭവപ്പെടുത്തുന്നു അതാണ് താതാത്മ്യം വേറി പിരിക്കാൻ കഴിക്കുന്നത് ബോധം താതാമ്യപ്പെട്ടിരിക്കുന്നത് ബോധവും അജ്ഞാനവും താതമ്യപ്പെട്ടിരിക്കുന്നത് ശരീരം പോലെയുള്ള പ്രതീതികളിലും ആ ബോധ താതാത്മ്യം വരുന്നു മമത എന്റേത് എന്നിങ്ങനെ വരുന്നു ഈ താതാത്മ്യം ബോധത്തിന്റെ താതാത്മ്യം അജ്ഞാനത്തോടും അജ്ഞാനകാര്യങ്ങളോടും വരുന്ന ഈ താതാത്മ്യം ഇതും അസ്തിത്വബോധം പോലെ തന്നെ ഇവനെ അജ്ഞനാക്കി നിലനിർത്തുന്നതാണ് ഒന്ന് അസ്തിത്വബോധം മറ്റൊന്ന് അതിനോടുള്ള പ്രതീതിയോടുള്ള താതമ്യം ഇത് മുഴുവൻ അജ്ഞനാക്കി നിർത്തുന്നു ഞാനീലാണെങ്കിലോ ഞാനീ ആസ്തിത്വബോധം നഷ്ടപ്പെട്ടു ഇത് സത്താണോ പ്രതീതികളാണ് പരമാർത്ഥം എന്നുള്ള ആ ബോധം നഷ്ടപ്പെട്ടു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പരമാർത്ഥം പരമാർത്ഥം ത്രികാലാബാധിതമായിരിക്കുന്നതാണ് എന്താണ് ഈ പരമാർത്ഥമെന്ന് പോലും ഗ്രഹിക്കാതെ എന്ത് ചെയ്യുന്നു ഈ പ്രതീതികളെ പരമാർത്ഥമെന്ന് ഗ്രഹിക്കുന്നു സത്യം എന്ന് സത്യം എന്താണെന്ന് ഓനറിയില്ല എന്നാലും ഇതിനെ സത്യമെന്ന് ഗ്രഹിക്കുന്നു ആ സത്യത്തെ ഉൾക്കൊള്ളാതെ ഞാൻ ഈ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥ സ്വസ്വരൂപമാണ് മറ്റു പ്രതീതികൾ ആ പ്രതീതികൾ അസത്യപ്രതീതികളാണ് കേവലം കൽപ്പന മാത്രമാണ് അതെങ്ങനെ സംഭവിക്കും അത് സംഭവിക്കാം കാരണം ഈ ബോധത്തിൽ പ്രകാശത്തിൽ അത് മായാരൂപത്തിൽ എന്ന് പറഞ്ഞു എങ്ങനെ സംഭവിക്കാമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നു എന്ന് ധരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ആത്മാവിൽ എങ്ങനെ സൃഷ്ടി സംഭവിക്കാം ആത്മാവിൽ എങ്ങനെ അനാത്മാവ് സംഭവിക്കാം ആത്മാവിൽ എങ്ങനെ ബന്ധനം സംഭവിക്കാം ഈ ചോദ്യത്തിലെല്ലാം നമ്മളറിയാതെ ഒരു ഭ്രമത്തിൽപ്പെട്ടിരിക്കുന്നത് എന്താണോ ഈ ബന്ധനം അനാത്മാവ് മായ അജ്ഞാനം ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ സംഭവിച്ച അതെല്ലാം എങ്ങനെ സത്യമായി സംഭവിച്ചുവെന്നാണ് നമ്മുടെ ചോദ്യം എന്തുകൊണ്ട് ഇതിലെല്ലാം സത്യത്വ ബുദ്ധിയുള്ളതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിനെല്ലാം പരമാർത്ഥമാണെന്ന് ഭ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു ആത്മാവിൽ എങ്ങനെ അജ്ഞാനം സംഭവിക്കാം ആത്മാവ് നിത്യശുദ്ധം മുക്ത സ്വഭാവമാണെങ്കിൽ അതിനെങ്ങനെ സംഭവിക്കാം അപ്പൊ ചോദ്യത്തിന്റെ ഒരു പെസ കൊണ്ട് എന്താണ് ഇതിൽ ഈ സംഭവങ്ങൾ അത് വാസ്തവ സംഭവങ്ങളാണെന്ന് ധരിച്ചിട്ട് അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആത്മാവ് നിത്യമുക്തമാണ് പൂർണ്ണമാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന എന്താണ് നമ്മളിവിടെ എന്തൊക്കെയാണോ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് തരുന്നത് അത് വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല വാസ്തവത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥമില്ല എന്തുകൊണ്ട് നിർഗുണത്തിൽ നിന്ന് സഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥമില്ല അങ്ങനെ ഉണ്ടാകുന്നില്ലല്ലോ ണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പരമാർത്ഥമായി എന്തോ സംഭവിക്കുന്നുവെന്ന് ധരിച്ചുപോയി മറിച്ച് അവിടെ ഉണ്ടാകുന്നു കേവലമായ ഒരു പ്രതീതി മാത്രമാണ് ആ പ്രതീതി രൂപത്തിൽ ഇതെല്ലാം അനുഭവപ്പെടുകയാണ് അല്ല അവിടെ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ബ്രഹ്മം പൂർണ്ണമാണ് നിത്യമുക്തമാണ് എന്നുള്ള തത്വത്തെ ഒരാൾ ഉൾക്കൊണ്ടാൽ അറിഞ്ഞാൽ അതിനീകരിച്ചാൽ പിന്നെ രണ്ടാമതൊന്ന് എങ്ങനെ ഉണ്ടായി ഇതെല്ലാം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ശരി അങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം എനിക്ക് സത്യമായി അനുഭവപ്പെടുന്നുണ്ടല്ലോ അജ്ഞാനം എന്നെ പിടികൂടിയിരിക്കുകയാണല്ലോ എനിക്ക് ബന്ധനം അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ അതിന് കാരണം ഇതാണ് ഒന്ന് ഇവിടെ എന്താണോ അനുഭവപ്പെടുന്നത് അതിന് നീ സത്യമാണെന്ന് കരുതുന്നു അടുത്ത് നീ അതിനോട് താതകിക്കപ്പെടുന്നു ഇത് രണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടും മാറുന്നതിനോ നിന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധം അതെയോ സ്വരൂപത്തെക്കുറിച്ചുള്ള എന്താണ് താൻ പൂർണ്ണനാണ് താൻ അതാണോ ബോധിപ്പിക്കുന്നത് പ്രകൃതി നിർമ്മല സ്വഭാവശുദ്ധ ബുദ്ധനാണ് മുക്തനാണ് എന്ന് ബോധിപ്പിക്കുന്നു ഈ ബോധത്തിലാണ് ഈ അനുഭവങ്ങൾ പ്രതീതികളെല്ലാം അസത്യമാണെന്ന് ബോധിക്കുന്നു ഈ ബോധത്തിലെന്താണ് മനസ്സിലാകുന്നു സുസ്വരൂപമാണ് സത്യം അതിനെക്കുറിച്ച് പറയുന്നത് നിത്യശുദ്ധം ബുദ്ധമുക്തസ്വഭാവം ഈ അനുഭവപ്പെടുന്നതോ അതെല്ലാം കേവലം പ്രതീതി മാത്രം അതുകൊണ്ടാണ് ആത്മബോധം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം നശിക്കുന്നു എന്ന് പറയുന്നു ആ നാശങ്ങൾ സംഭവിക്കുന്നു സൃഷ്ടിസ്ഥിതി നാശങ്ങൾ ബാഹ്യമായി വസ്തുക്കളിൽ കാണുന്നത് പോലെ പ്രതീതി നിലനിന്നാലും ഇല്ലാതായാലും ആ പ്രതീതി ആശ്രയിച്ചല്ല അവിടെ തത്വജ്ഞാനിയുടെ ോധം നിലനിൽക്കുന്നത് അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല ആശ്രയിച്ച് അവന്റെ ബോധം നിലനിർത്തുന്നു ഉത്പന്നമാകുമ്പോൾ അവനതുൽപ്പന്നമാകുന്നുവെന്ന് കരുതുന്നു നശിക്കുമ്പോൾ അവൻ നശിക്കുന്നുവെന്ന് ഇങ്ങനെ ശരീരാദികളെ സംബന്ധിച്ച് കരുതുന്നു തത്വജ്ഞാനം സംബന്ധിച്ച് അങ്ങനെയല്ല ആ പ്രതീതി ആശ്രയിച്ചിട്ടില്ല പ്രതീതി ആശ്രയിച്ച് ബോധം നിലനിർത്തുന്നു സ്വസ്വരൂപത്തെ അവൻ അറിയുന്നു നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവം എന്നറിയുന്നു അറിയുമ്പോ പ്രതീതി സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു അതുകൊണ്ട് അവൻ ബോധിക്കുന്നുവെന്ന് പറയുന്നതിന് എന്തില്ല അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കഥം തറിയേ ബുദ്ധിന്റെ അതായത് ഈ ആത്മാവ് നിത്യ ശുദ്ധമുക്തമായിരിക്കുക അത് ജ്ഞാനമായിരിക്കുക ഈ സർവനാനാത്വത്തെയും അവന് ബോധിക്കാൻ കഴിയും ആത്മാവ് തന്നെയാണ് ബോധിക്കുന്നത് ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവ് സർവനാനാത്വത്തെയും ബോധിക്കുന്നു അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബോധം സംഭവിക്കാമെങ്കിൽ അതേ ആത്മാവിന് തന്നെ അതിനെ നിഷേധിക്കുന്ന ഒരു ബോധം സംഭവിക്കാം ബോധത്തിൽ എന്ത് സംഭവിക്കാം എന്നുള്ളതാണ് നിർഗുണമായിരിക്കുന്ന ഈ ബോധത്തിൽ എങ്ങനെ ആത്മബോധം അങ്ങനെ ഒന്നുണ്ടാകുമെന്നോ ചോദ്യത്തിന്റെ തത്മബോധം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണെങ്കിൽ ബോധത്തെ സ്വസ്വരൂപമായി പറഞ്ഞാൽ ഇവിടെ ആരാ ബോധിക്കുന്നത് സ്വരൂപത്തിൽ നിന്ന് വേറിട്ട് ഒരു ബോധം ഉണ്ടാകുന്നു ഉണ്ടാകില്ലെന്നാണ് പറയുന്നത് പക്ഷെ സ്വരൂപത്തിൽ ബോധമുണ്ടാകാം പക്ഷെ ആ ബോധം വേറിട്ടൊന്നിനെ ബോധിക്കാൻ വേണ്ടിയിട്ടല്ലേ വേറിട്ടൊന്നിനെ ബോധിക്കുന്നതല്ല അത് അഗ്നിയും അതിന്റെ പ്രഭയും പോലെ സൂര്യനും അതിന്റെ പ്രഭയും പോലെ അതിൽ നിന്ന് ഭിന്നമാകാതെ ഒരു ബോധമുണ്ടാകാം കാരണം പ്രത്യേകമായിരുന്നിട്ട് തന്നെ അതിൽ നാനാത്ത ബോധങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു അജ്ഞാനം എങ്ങനെ സംഭവിക്കാമോ അതുപോലെ ഞാനും സംഭവിക്കും അജ്ഞാനം സംഭവിക്കുന്നു അംഗീകരിക്കുന്നുണ്ട് സർവരും അംഗീകരിക്കുന്നുണ്ട് എന്തെങ്കിലും പറയണ ഞാൻ ജ്ഞാനിയാണ് അത് നിർഗുണമായിരിക്കുന്ന ഇതിൽ അജ്ഞാനം ഉണ്ടെന്ന് അംഗീകരിക്കാം എന്തായാലും മറ്റാരും ബുദ്ധിപ്പെടുത്തേണ്ട കാര്യമില്ല സ്വയം പറയുന്നു ഞാൻ അജ്ഞാനാണ് അപ്പൊ നിർഗുണത്തിൽ അജ്ഞാനം സംഭവിക്കാമെങ്കിൽ നിർഗുണത്തിൽ ഞാൻ സംഭവിക്കാം ആ ജ്ഞാനം ആ സ്വസ്വരൂപത്തിൽ നിന്ന് വേർട്ടൊന്നായിരിക്കും അതിന്റെ തന്നെ പ്രഭയായിരിക്കും എന്തിനു വേണ്ടി ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ ആത്മാവിനെ അറിയുന്നു ആത്മസ്വരൂപമാണ് എന്നുള്ള ഈ ബോധവ്യവഹാരം ഞാൻ മുക്തനാണ് ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ് ഈ തരത്തിലുള്ള ബോധവ്യവഹാരത്തിൽ യുക്തിഹീനതയൊന്നുമില്ല എന്നാണ് പറയുന്നത് ആത്മാവിൽ അബോധവ്യവഹാരം അതിന് യുക്തിഹീനതയില്ലെങ്കിൽ ബോധവ്യവഹാരത്തിനും യുക്തിഹീനത ഇല്ല യഥാ നിത്യപ്രകാശ സ്വരൂപോപി സവിതാ പ്രകാശത്തെ യറ്റിച്ചത് അത് ബോധത്തിന്റെ സ്വഭാവമാണ് വാസ്തവത്തിൽ സൂര്യൻ അത് തന്നെ പ്രകാശമാണ് സ്വയം അത് പ്രകാശമാണ് എന്നാലും നമ്മൾ പറയുന്നത് എന്താണ് അത് പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണ എന്താ വരുന്നത് പ്രകാശിക്കാതിരുന്ന ഒന്നിൽ പ്രകാശിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി സംഭവിക്കുന്നു നടക്കുന്നു എന്ന് പറയുന്ന എന്റെ താല്പര്യം ഇതുവരെ ഇരുന്ന ഞാൻ എഴുന്നേറ്റം നടക്കുന്നു അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് അന്ധകാരത്തെ അപേക്ഷിച്ചിട്ടാണ് നടക്കുക എന്ന് പറയുന്നത് സ്ഥിതി അപേക്ഷിച്ചിട്ടാണ് സാപേക്ഷമായ കാര്യങ്ങളാണ് പക്ഷേ ആദ്യത്തെ സംബന്ധിച്ചെന്താണ് അത് ഇരുട്ടിൽ നിന്ന് പ്രകാശിക്കണമല്ല ഇരുട്ടിനെ അപേക്ഷിച്ചത് പ്രകാശിക്കുക അസ്വയം പ്രകാശ സ്വരവുമായിരിക്കുന്നു അങ്ങനെ ഇരിക്കെ ആപേക്ഷികമായ പ്രകാശിന്റെ അതിലങ്ങനെ പറയുന്നു ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോ ഇരളാണ് സ്വിച്ച് ഇടുമ്പോ നമുക്ക് പറയാം പ്രകാശിക്കുന്നു എന്തുകൊണ്ട് അതൊരു അത് ഇരളായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പ്രകാശിച്ചില്ല ഇപ്പൊ പ്രകാശിക്കും സൂര്യനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റുന്നില്ല അത് ഇന്നലെ എന്നും അത് പ്രകാശിക്കാതിരുന്ന കണ്ടിട്ടല്ല നമ്മൾ പറയുന്നത് പ്രകാശിക്കുന്നു മറിച്ച് അതിൻ്റെ സ്വരൂപം തന്നെ അതത് അതാണ് പ്രകാശമാണ് കിരണിനെ അപേക്ഷിക്കുന്ന പ്രകാശമാണ് അതുപോലെ ഈ ആത്മസ്വരൂപവും പ്രകാശമാണ് ബോധമാണ് ബോധമാണെങ്കിലും അവിടെ ഞാൻ ബോധത്തെ ബോധിക്കുന്നു എന്നൊരു വ്യവഹാരം സംഭവിക്കാം സംഭവിക്കുന്നതിന് ദോഷമില്ല എന്തുകൊണ്ട് അതതിന്റെ സ്വഭാവമാണ് പക്ഷെ നമ്മൾ ധരിക്കുന്നത് പോലെ ഒരു ക്രിയ ആയിരിക്കത്തില്ല ജ്ഞാനത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് ക്രിയയല്ല കാരണം അതിൽ നിന്ന് വേരട്ടെ ഒന്നല്ല സൂര്യൻ ആകാശത്തിലാണ് അതിന്റെ പ്രഭഭൂമിയിലാണ് നമ്മൾ ധരിക്കുന്നെന്താണ് ആകാശത്തിൽ നിന്ന് ആ സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്തി ആകാശത്ത് നിൽക്കുന്ന സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ആ സൂര്യനും പ്രഭയും രണ്ടാകണമെന്നില്ല ഒന്നായിരുന്നാലും അത് സംഭവിക്കും ഒന്നാണെങ്കിൽ പിന്നെ ഇതിനത് ആകാശത്ത് നിന്ന് ഭൂമിയിലെത്തി എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോഴും അത് രണ്ടാണെന്ന് ധരിച്ചിട്ടില്ല ഒന്ന് തന്നെ നിൽക്കുന്ന സൂര്യൻ തന്നെയാണ് ഭൂമിയിൽ പ്രഭാരൂപത്തിലിരിക്കുന്നത് അവിടെയും അത് കാണുന്നത് പ്രകാശമായിട്ട് തന്നെ ഇവിടെയും അത് കാണുന്നു പ്രകാശമായിട്ട് തന്നെ അത് രണ്ടല്ലാതെ തന്നെ നമുക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് നിന്നും ഇവിടെ വന്നു ഒന്നിനെ തന്നെ ഒരേ ഒരു പ്രകാശത്തെ തന്നെ പ്രകാശത്തെ നമുക്കവിടെ രണ്ടാക്കാൻ പറ്റുന്നില്ല ഒരേ പ്രകാശത്തിൽ ഇങ്ങനെ സംഭവിക്കാമോ ഒരേ ബോധത്തിൽ ആത്മസ്വരൂപമായിരിക്കുന്ന ബോധത്തിൽ ഈ എല്ലാ വ്യവഹാരങ്ങളും സംഭവിക്കാം തീയതി എന്നുള്ളതാണ് ഈ ബോധവ്യവഹാരങ്ങൾ വാസ്തവത്തിൽ സർവ പ്രപഞ്ച അനുഭവങ്ങളും നേരത്തെ പറഞ്ഞു എന്താണത് തിരീന്റെ സ്കന്ദനമാണ് എന്നുവെച്ചാൽ ബോധവ്യവഹാരമാണ് കേവലമായി ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് അപ്പൊ ബോധത്തെ ആശ്രയിച്ചതെല്ലാം നിൽക്കാം ജഡമായ പ്രകാശത്തിന് ഇതെല്ലാം സംഭവിക്കാമെങ്കിൽ ചൈതന്യവത്തായ ബോധത്തിനും ഇതെല്ലാം സംഭവിക്കാം അവിടെ ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ സംഭവിക്കാം ജ്ഞാനം അജ്ഞാനം എന്ന വ്യവഹാരങ്ങൾ സംഭവിക്കാം ആ വ്യവഹാരങ്ങളൊന്നും തന്നെ പരമാർത്ഥമാണ് പരമാർത്ഥമായിരിക്കുന്ന എന്താണ് ഈ വ്യവഹാരങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നു എന്തായാലും ഈ വ്യവഹാരം സത്യമായിക്കൊള്ളട്ടെ പ്രതി ഇതിവിടെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവമാണ് പ്രപഞ്ചപ്രതീതി സംഭവിക്കുന്നു അത് നമ്മുടെ അനുഭവമാണ് സർവത്തിൽ അങ്ങനെ ഒന്ന് സംഭവിക്കണമെങ്കിൽ അതിനൊരാധാരം വേണം എവിടെ അത് സംഭവിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് സ്ഥായി അസ്ഥായി ആയിരിക്കുന്ന ഇത് എവിടെ സംഭവിക്കുന്നു സംഭവിക്കാൻ സ്വസ്വരൂപമല്ലാതെ മറ്റൊരു സ്ഥലമില്ല അത് ഞാൻ സെടുപോന്ന് പറയുന്നു അവിടെ ഇതൊക്കെ സംഭവിക്കുന്നു അവിടെയാണിത് സംഭവിക്കുന്നെങ്കിൽ ഇതിനെന്ത് പറയും അതിന്റെ തന്നെ സ്വഭാവമാണ് അതിന്റെ തന്നെ സ്വഭാവം അജ്ഞന് സത്യമായും ഞാനിക്ക് അവാസ്തവമായും അനുഭവപ്പെടുന്നു ഇത്രയുള്ള അജ്ഞൻ ഇതെന്താണെന്ന് ഗ്രഹിക്കുന്നില്ല താൻ ആത്മസ്വരൂപമാണെന്നോ ആത്മസ്വരൂപമായ തന്നിൽ നടക്കുന്നാണ് ഈ വ്യവഹാരങ്ങളൊന്നും അവൻ ഗ്രഹിക്കുന്നില്ല തത്വജ്ഞൻ അത് ഗ്രഹിക്കുക അത് ഗ്രഹിക്കുന്നുണ്ട് എന്താ ഫലം തത്വജ്ഞൻ ഈ ബന്ധനത്തിനൊന്നും മുക്തനായിരിക്കുന്നു തത്വജ്ഞൻ പറയാൻ കഴിയുന്നു ഞാൻ നിത്യമുക്തനാണ് നിത്യമുക്തനിലും വ്യവഹാരങ്ങൾ സംഭവിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് അത് പ്രതീതി രൂപത്തിൽ തന്നെ ഉള്ളൂ ആ വ്യവഹാരം സത്യമല്ല എന്ന് ബോധിച്ചുകൊണ്ട് അവിടെ വ്യവഹാരം സംഭവിക്കുന്നു അതുകൊണ്ടൊരാൾക്ക് ഞാൻ ജ്ഞാനിയാണ് എന്ന് പറയാം ഒരാൾക്ക് അജ്ഞാനിയാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ മറ്റൊരുവിലും ജ്ഞാനിയെന്നും പറയാം രണ്ടനുഭവത്തിനും വ്യത്യാസമുണ്ട് എന്നറിയാം യഥാ നിത്യപ്രകാശ സ്വരൂപോപി സവിത പ്രകാശത്തെ നിത്യപ്രകാശ രൂപത്തിലുള്ള ആ സൂര്യൻ പ്രകാശിക്കുന്നു പറയുന്നു യഥാവാ നിത്യ നിവിടുത്ത ഗതയോപി നിത്യമേവ ശൈലാഹത്യന്തി നമ്മൾ പറയാറുണ്ടല്ലോ ശൈലാഹ തിഷ്ഠന്തി പർവ്വതം നിൽക്കുന്നു അതിന്റെ മുമ്പിൽ ഒരു വലിയ പർവ്വതം നിൽക്കുന്നു അത് പറയുന്നത് ശരിയല്ല വാസ്തവത്തിൽ എന്തുകൊണ്ട് പർവ്വതം ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല സഞ്ചരിച്ചെങ്കിലേ നമുക്ക് പറയാൻ പറ്റുമോ നിൽക്കുന്നു സഞ്ചരിക്കാത്ത ഒന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥം കാരണം സ്ഥിതിയും ഗതിയും പരസ്പര വിരുദ്ധമായ ആപേക്ഷികമായ കാര്യങ്ങളാണ് സ്ഥിതി ഉള്ളിടത്ത് ഗതി വരുന്നു ഗതിയുള്ളിടത്ത് സ്ഥിതി വരുന്നു പക്ഷെ നിശ്ചലമായിരിക്കുന്ന പർവ്വതങ്ങളെ സംബന്ധിച്ചും അത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല ഗതിയില്ലാത്ത ആപേക്ഷികമായി അങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ പറയുന്നു എന്തിനു പറയുന്നു അതിന്റെ ഒരു സ്വരൂപസ്ഥിതിയെ കാണിക്കാൻ വേണ്ടി പറയുന്നു അതുപോലെ വാസ്തവത്തിൽ ഈ ബോധത്തിൽ ബോധക്രിയയില്ല ബോധക്രിയകൾ സംഭവിക്കുന്നു നമ്മൾ കരുതുന്നു യുന്നു ബോധത്തിന് പ്രണാമം സംഭവിക്കുന്നു ബോധം സഞ്ചരിക്കുന്നു ബോധം ചലിക്കുന്നു എന്നെല്ലാം പറയുന്നു ബോധം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ പറയും മനസ്സ് പരിണമിക്കുന്നു മനസ്സിന് ചലനം സംഭവിക്കുന്നു എന്നെല്ലാം പറയുന്നു മനസ്സ് ഉന്മേഷമായിരിക്കുന്നു അത് മൂഢമായിരിക്കുന്നു മനസ്സ് പ്രകാശിക്കുന്നു മനസ്സ് മംഗീകരിക്കുന്നു ഇങ്ങനെ മനസ്സിനെ കുറിച്ച് പറയുന്നു ഇങ്ങനെ പറയുന്നത് വാസ്തവത്തിൽ ഇതെന്നും മനസ്സെന്ന് പറഞ്ഞാൽ നമ്മളെന്തിനെ ആദരിക്കുക നമ്മുടെ അറിവിനെയാണ് മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബോധത്തെയാണ് ആ നമ്മളെ ബോധത്തിലിതൊക്കെ ഉണ്ടെന്ന് ഇവർ ഇതെ കൽപ്പിക്കുകയാണ് നമ്മുടെ മനസ്സാകുന്ന ബോധത്തിലിതെന്നും സംഭവിക്കുന്നില്ല എന്നട പിന്നെന്താ എവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആ മനസ്സാകുന്ന ബോധത്തിൽ തന്നെ ഈ മായ കൊണ്ട് പലതിനെയും കൽപ്പിക്കുന്നു സൂക്ഷ്മമായ മനസ്സിന്റെ ഈ പ്രകാശത്തിന് അവലംബമായിരിക്കുന്ന സൂക്ഷ്മജടങ്ങൾ തുടങ്ങി സുഖം ദുഃഖം തുടങ്ങിയ അനുഭവങ്ങളെ തുടങ്ങി ശരീരത്തിൽ തുടങ്ങി ഭാഹ്യമായി പ്രപഞ്ചം വരെയുള്ള സർവത്തെ ആ മനസ്സാകുന്ന ബോധത്തിൽ ആരോപിച്ചിട്ട് കൽപ്പിച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നു അതിനെല്ലാം സത്യമായി കൃതി അതിനോട് താതാത്യപ്പെട്ടു അല്ലാതെ അതൊന്നും ആ മനസ്സിന്റെ ബോധരൂപത്തിലുള്ള മനസ്സിന്റെ ജഡരൂപത്തിലുള്ള മനസ്സിന്റെ പ്രതീതികളുടെയാണ് അതിനാണ് നമ്മൾ മനസ്സായി തെറ്റിദ്ധരിക്കുന്നത് അതും ചെയ്യുന്നു സൂക്ഷ്മമായ ജഡത്തെ തന്നെ ബോധമായി തെറ്റിദ്ധരിക്കുന്നു അതിന്റെ ചലനങ്ങൾ സംഭവിക്കുന്നു മനസ്സിനുന്മേഷം വരിക മനസ്സ് ക്ഷീണിക്കുക ആനന്ദം വരുക ദുഃഖം വരുക ഇതൊക്കെ എന്താണ് ബോധമാകുന്ന മനസ്സിന്റെയല്ല അതെല്ലാം സൂക്ഷ്മജടത്തിന്റെയാണ് സൂക്ഷ്മജടത്തിന്റെ ചലനങ്ങൾ പരിണാമങ്ങളാണ് അത് ഈ ബോധത്തിലേക്ക് ആരോപിക്കും ബോധം മനസ്സിലേക്ക് ആരോപിക്കും എന്നിട്ട് പറയുന്ന അവിടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു അങ്ങനെ പറയുന്നതുപോലെ ഈ സൂക്ഷ്മജടത്തിനും മറ്റുമുള്ള സത്യത്വ ബുദ്ധി നശിച്ച് അതിനോടുള്ള താതാത്മ്യം വിട്ട് വിട്ടാലും ഒരുവന് പിന്നെന്താണ് അതിനോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പറയും ഞാൻ സുഖിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു എന്റെ മനസ്സ് മാറുന്നു താതാത്മ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ പറയുന്നു അതുപോലെ ആ താതാത്മ്യത്തെ വിട്ടിട്ട് ആ പ്രതീതികൾ നിലനിൽക്കുക ആ പ്രതീതികളെല്ലാം വിട്ടിട്ട് കേവലമായ പ്രകാശസ്വരൂപമായിരിക്കുന്ന ആ ബോധത്തെ ആശ്രയിച്ച് തത്വജ്ഞാനിക്കും വിവരിക്കാം എന്താണ് ഞാൻ അറിയുന്നു ഞാൻ ആത്മാവിനെ അറിയുന്നു അങ്ങനെയുള്ള വ്യവഹാരത്തിന് അതത്വം ഞാനീ ഈ പ്രകൃതിയുടെ തന്നെ ഏറ്റവും സൂക്ഷ്മമായ ഏറ്റവും വിശുദ്ധമായ ഏറ്റവും സാത്വികമായ പരിണാമങ്ങളെ ആശ്രയിക്കാം ആശ്രയിച്ചിട്ട് ഞാൻ നിത്യനാണ് മുക്തനാണ് ബോധസ്വരൂപനാണ് എന്ന് വ്യവഹരിക്കാം അങ്ങനെ വ്യവഹരിക്കുന്നത് ഒരിക്കലും നമ്മൾ ധരിക്കുന്നത് പോലെ ബോധത്തിലെ അങ്ങനൊരു വ്യവഹാരം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണോ അവിടെയും ശുദ്ധവും സാത്വികവും ആയ ആ പ്രകൃതിയുടെ പരിണാമമാണ് അല്ലാതെ ബോധത്തിലെ ക്രിയ ബോധത്തിൽ ക്രിയ സംഭവിക്കുന്നില്ല ബോധത്തിൽ ക്രിയ സംഭവിക്കാതെ തന്നെ ഞാൻ മുക്തനാണ് ഞാൻ ബോധത്തെ അറിയുന്നു അതുകൊണ്ട് ആ ജ്ഞാനികളുടെ അനുഭവം അനുസരിച്ചിവിടെ പറയുകയാണ് അജ്ഞന്റെ അനുഭവം അനുസരിച്ചല്ല നിത്യമുക്തനാണ് സ്വഭാവനിർമ്മലനാണ് അതാണ് മുഖ്യമായ തത്വം അതാണ് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്നാണ് പറയുന്നത് ധർമാകൃതിനിലാ ആദോ ബുദ്ധാസ്താ മുക്തയന്തിയ തന്നി ബുദ്ധ സർമ്മു ത േ ധർമാഷി കമ്മതേ ബുദ്ധി പരമാർദർശി ജ്ഞാനം വിഷയാതരെയുധു ധർമ്മ സംസ്തം സവിതരീവ പ്രഭേ പറഞ്ഞല്ലോ ഞാൻ ബുദ്ധനാണ് എന്നൊരാൾ പറയുന്നു ഞാൻ ബുദ്ധനാണെന്നൊരാൾ അറിയുന്നു അതാണ് ബുദ്ധന്റെ ജ്ഞാനം സ്വരൂപജ്ഞാനം ജ്ഞാനം സ്വരൂപം ആണെന്ന് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ വൃത്തികളൊന്നും വരാൻ പാടില്ല എന്നുവെച്ചാൽ അതിന് പ്രത്യേക ഒരു ആകാരം വരാൻ പാടില്ല ഞാൻ ബുദ്ധനാണ് അഹം ബ്രഹ്മാസ്മി അങ്ങനൊരു ജ്ഞാനത്തിനൊരു പ്രത്യേക പടിവ് ആകാരം വരാൻ പാടില്ല അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിന് എന്താ അർത്ഥം ആത്മബോധമുള്ളവനെന്ന് ആരെയും കുറിച്ച് സങ്കല്പിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത് ജ്ഞാനി എന്നൊരാളെങ്ങനെ പറയാൻ പറ്റും ഗുരുവിന് ആരാണ് ഗുരുവില്ലാതെ ഗുരുവില്ലെങ്കിൽ ഈ ഉപദേശത്തിനൊക്കെ എന്താ അപ്പോ ഗുരുവുണ്ട് ഉപദേശമുണ്ട് ജ്ഞാനിയുണ്ട് ഇതെല്ലാം ഉണ്ട് എന്താ അപ്പോ ആ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത ജ്ഞാനം എന്ന് പറയുന്നത് കേവലം ജ്ഞാനിയുടെ സ്വരൂപമായിരിക്കുക പിന്നെ ജ്ഞാനിയുടെ ജ്ഞാനം ആത്മജ്ഞാനം എന്നെല്ലാം പറയുന്നതിൻ്റെ വിശേഷത എന്താണ് അതാണ് പറയുന്നത് യസ്മാർമേ ബുദ്ധസ് ഈ പരമാർത്ഥദർശിയുടെ ആ ജ്ഞാനം ആ പരമാർത്ഥദർശിയുടെ സ്വരൂപം തന്നെ വിഷയാന്തരേഷനക്രമതേ അത് വിഷയാന്തരങ്ങളിൽ സംക്രമിക്കുന്നില്ല അജ്ഞനും ജ്ഞാനും ജ്ഞാനമുണ്ട് രണ്ടുപേരും ഇരിക്കുന്നത് ശുദ്ധമായ നിർഗുണമായ ആദിമുക്തമായ ജ്ഞാനം തന്നെ എന്നാലും അജ്ഞൻ എന്ത് സംഭവിക്കുന്നു അച്ഛൻ ഒരു വിഷയത്തെ ഗ്രഹിക്കുമ്പോ ആ അജ്ഞന്റെ ജ്ഞാനം വിഷയത്തെ ഗ്രഹിക്കുമ്പോ അച്ഛൻ എന്ത് അവിടെ ആ വിഷയഗ്രഹണം കൊണ്ട് തന്നെ സ്വസ്വരൂപത്തെ മറയ്ക്കുന്നു വിഷയഗ്രഹണം തന്നെ അവന്റെ സ്വരൂപത്തെ മറയ്ക്കുന്നു ആ വിഷയഗ്രഹണത്തിൽ ഗ്രഹണത്തിന് സ്ഥാനമൊന്നുമില്ല വിഷയത്തിന്റെ സ്ഥാനമാണ് വിഷയത്തിന് അവരുടെ പ്രാധാന്യം വരുന്നു അത് തന്നെ വേറെ സ്വരൂപ വിസ്മൃതി വരുന്നു അങ്ങനെ പറയും അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ആ ജ്ഞാനവും വിഷയവുമായി താതാത്മ്യപ്പെട്ടു ശരീരത്തെ തന്നെ എടുക്കാം അജ്ഞൻ ഈ ശരീരത്തെ അറിയുന്നു ഈ ശരീരത്തെ അറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു അവന്റെ അറിവും ഈ ശരീരവും തമ്മിൽ താതാത്മ്യപ്പെട്ടു തന്റെ അറിവിന് തന്റെ സ്വരൂപമായ അറിവില ഒരു പ്രതീതിയാണ് ഈ ശരീരം എന്ന് അവൻ ബോധിക്കാൻ കഴിയുന്നില്ല താനാകുന്ന ഈ ശരീരം എന്ന് ധരിക്കുന്നു ശരീരത്തിൽ താനെന്നോ എന്റേതെന്നോ ധരിക്കുന്നു രണ്ടായിരുന്ന അവിടെ ജ്ഞാനവും അവന്റെ ദൃശ്യവും വിഷയവുമായിട്ട് താതാമ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പറയുന്നത് ശരീരത്തിൽ അഹംബുദ്ധി വരുന്നു എന്ന് പറയുന്നു ഇതിനുള്ള പറയുന്നത് സംക്രമണം എന്ന് അപ്പോൾ അജ്ഞൻ എന്ന് സംഭവിച്ചു ശരീരം ഉൾപ്പെടെയുള്ള സർവ്വത്തിനോട് താതാന്യപ്പെടുന്നു ബാഹ്യമായി ആന്തരികമായി തന്നെ എന്താണ് സുഖം ദുഃഖം ഇതെല്ലാം ഈ അന്ധകരണത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനോടെല്ലാം താതാന്യപ്പെട്ടിട്ട് അതിനെല്ലാം എന്റേത് എന്റേത് തന്നോടതിനെ താതാന്യപ്പെടുത്തുന്നു ഇതാണ് അജ്ഞന് സംഭവിക്കുന്നത് ഇതിനാണ് ജ്ഞാനത്തിന്റെ സംക്രമണം വിഷയങ്ങളിൽ സംക് സംഭവിക്കുന്നത് എന്നിവിടെ പറയുന്നു ഇതൊന്നും അവന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല ആ സംക്രമണം വരുമ്പോൾ എന്ത് വരും ഇതിനെല്ലാം സത്യബുദ്ധിയും വരും സത്യമാണ് ഇതിനെല്ലാം ആനന്ദബുദ്ധിയും വരും ഇതൊക്കെയാണ് സുഖം ശരീരത്തിൻ്റെ സുഖമാണ് തന്റെ സുഖം മനസ്സിന്റെ സുഖമാണ് തന്റെ സുഖം അല്ലെങ്കിൽ ലോകത്തിന്റെ സുഖമാണ് തൻ്റെ സുഖം തരത്തിൽ ഇതിനോട് താതാന്ത്മരുന്നത് സച്ചിദാനന്ദ താതാത്മ്യം വരും ഈ ഇതിന് ഇവിടെ പറയുന്ന ഭാഷയാണെന്നുള്ളതാണ് ബോധത്തിന്റെ സംക്രമണം ഇതിനെ തന്നെയാണ് നമ്മൾ അഭ്യാസം എന്ന് വിളിച്ചത് ജ്ഞാനിയും വ്യവഹരിക്കുന്നു ജാനിക്കീ ശരീരത്തെ ആശ്രയിച്ച് വിവരിക്കേണ്ടി വരും ഇവിടെ പറയുന്ന ജ്ഞാനം നിത്യമുക്തമാണെങ്കിലും അവിടെ ജ്ഞാനി എന്നൊരാളുണ്ടെന്ന് പറയുകയാണ് ഞാനും നിത്യമുക്തം എന്ന് അംഗീകരിച്ചുകൊണ്ട് കാര്യമില്ല നിത്യമുക്തമായിരിക്കുന്ന സസ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിനൊരു ഗുരുവേണം എന്നാലും ജ്ഞാനി അങ്ങനെ ഒരു ജ്ഞാനി ഉണ്ടായാലേ ഇതിനൊക്കെ അർത്ഥമുള്ളൂ അതുകൊണ്ട് അതിനെ സമർത്ഥിക്കുന്നു അപ്പൊ ജ്ഞാനിയും എന്ത് ചെയ്യുന്നു ശരീരത്തെ അറിയുന്നു പ്രപഞ്ചത്തെ അറിയുന്നു തന്റെ ഉള്ളിലുള്ള സുഖദുഃഖങ്ങളെ അറിയുന്നു ബാഹ്യമായി ഇതൊക്കെ പ്രതീതമാകുന്നത് പോലെ ആന്തരികമായും സുഖ ദുഃഖങ്ങളെല്ലാം പ്രതീതമാകും കാലദേശങ്ങൾക്കനുസരിച്ച് സംസ്കാരമനുസരിച്ച് എന്തും പ്രതീതമാകും അങ്ങനെ പ്രതീതമായാൽ എന്താണോ അവിടെ സംക്രമണം താതാതൃ സംഭവിക്കുന്നുണ്ട് അതാണ് ഇത് ദുഷ്കരമായിട്ടിരിക്കുന്നത് ഇവിടെ തൊഴിൽബോധ സ്ഫുരിക്കുക ഉറക്കത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നു ഉള്ളിൽ ബോധം ഒരുക്കുക അതേ നിമിഷം തന്നെ സർവത്തിനോട് താതാമ്യം സംഭവിക്കുന്നു ശരീരം എന്റെ അതിനെ വേറിതിരിക്കുക എന്നൊരു ദുഷ്കരമാണ് ഹംസത്തിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെയാണ് ഹംസത്തിനെ അത് സാധിക്കും അതുകൊണ്ടാണ് പരമഹംസന്മാരെന്ന് പറയും ഹംസത്തിന്റെ കർമ്മം ചെയ്യുന്നുണ്ട് അജ്ഞനെ സംബന്ധിച്ചത് ദുഷ്കരവും പരമഹംസനെ സംബന്ധിച്ചതിനായ വംശത്തിന് പാലന വേദിരിക്കുന്നതിന് യജ്ഞമൊന്നും ആവശ്യമില്ല സഹജമായത് സംഭവിക്കും ഇവിടെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് ബുദ്ധസ് ധർമ്മേഷ് എന്ന ക്രമത്തെ വിഷയങ്ങളിലേക്ക് അത് താതാന്മ്യപ്പെടുന്നില്ല ആ വിഷയ താതാന്മ്യോടെ നഷ്ടപ്പെട്ടിരിക്കുന്നു അധ്യാസം നഷ്ടപ്പെട്ടിരിക്കുന്നു സംക്രമണം സംഭവിക്കുന്നില്ല സംക്രമണം സംഭവിക്കാത്തത് കൊണ്ട് നമ്മൾ പറയുന്നതാണ് അയാളുടെ അഹംബുദ്ധി നശിച്ചിരിക്കുന്നത് ശരീരത്തിലുള്ള അഹംബുദ്ധി നശിച്ചത് അതൊരിക്കലും നമ്മൾ ധരിക്കുന്നത് പോലെ വിനയുള്ളവനാകുന്ന ഇന്നതാണ് വിനയം എന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം വിനയം നമ്മൾ ശീലിക്കുന്നാൽ സഹജമായി തന്നെ ശരീരത്തിലുള്ള അഹംബോധം നശിച്ചു ശരീരത്തോട് താതന്നിപ്പെടുന്നില്ല കാരണം താതന്നിപ്പെടാതിരിക്കുക അസംഗത എന്ന് പറയുന്നതാണ് ആ ജ്ഞാനത്തിൻ്റെ സ്വഭാവം അതിനിടയ്ക്ക് മായ അല്ലെങ്കിൽ അജ്ഞാനം അവിദ്യ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവ വിശേഷം കടന്നു വന്നതാണ് ഈ താത നിപ്പടലുണ്ടായത് ഇവിടെ ആ സ്വരൂപബോധത്തിൽ ആ താതന്നിപ്പടൽ ഉണ്ടാകുന്നില്ല വിഷയാന്തരേഷു ധർമ്മേഷു എന്ന വിഷയാന്തരങ്ങളിൽ ശരീരം ഉൾപ്പെടെയുള്ള ഒന്നിലും ജ്ഞാനിയുടെ ജ്ഞാനം താതന്നിപ്പെടുന്നില്ല അതാണ് അസംഗത എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുന്നു ധർമ്മ സംസ്ഥ നമ്മൾ സൂര്യന്റെ പ്രകാശത്തെ ഭൂമി കാണുമ്പോൾ വിചാരിക്കും ഭൂമി പ്രകാശിക്കുന്നു ആ പ്രഭൂമിയിലാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ ധരിച്ചു തോന്നുന്നില്ല എവിടെയാണ് പ്രകാശം മേശക്കൊടുത്ത് പ്രകാശം പുസ്തകത്തിൽ പ്രകാശം അങ്ങനെയാണ് നമ്മൾ അനുഭവപ്പെടുന്നത് പ്രകാശത്തെ വാസ്തവത്തിൽ ആ പ്രകാശം പുസ്തകത്തെ പ്രകാശിപ്പിക്കേം എന്നാലും നമ്മൾ ധരിക്കുന്നു എന്നാണ് പുസ്തകത്തിൽ പ്രകാശം എവിടെയാണ് ആ ലൈറ്റ് ആ പുസ്തകത്തിലാണ് എന്ന് പറയും വാസ്തവത്തിൽ ഈ പ്രകാശം എവിടെയാണ് സവിതാവിലാണ് സൂര്യനിലാണ് ഈ പ്രകാശം ആ പ്രകാശം ഒരിക്കലും സൂര്യനെ വിട്ടിട്ടേ ഇല്ല സൂര്യനിൽ നിന്ന് വിട്ടാൽ പിന്നെ പ്രകാശം സൂര്യന്റെ പ്രകാശത്തെ എന്ത് ചെയ്യുന്നു ആ പ്രകാശം പ്രകാശിപ്പിക്കുന്ന വസ്തുവിന്റേതായി ധരിക്കുന്നു അതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയ ആസക്തമായ ഞാനും അതിനെ നമുക്ക് പരിചയമാണ് വിഷയത്തോട് ചേർന്നിരിക്കുന്ന ജ്ഞാനമേ പരിചയം സർവ്വ വിഷയങ്ങളെയും അഹം അല്ലെങ്കിൽ മമതയിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നു അത് ഈ ജ്ഞാനത്തിന് വിഷയ സംസർഗം കൊണ്ടുണ്ടായ രണ്ട് ഭേദങ്ങളാണ് അഹന്തയും മമതയും മമതയും അതിലൂടെ നമുക്ക് ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ജ്ഞാനിയുടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നതാണ് ധർമ്മ സംസ്ഥം ധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് സ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഭൂമിയിലെ ആ പ്രഭയെ കാണുമ്പോഴും അവൻ ധരിക്കുന്ന ഒന്നാണ് ഇത് സൂര്യൻ്റെതാണ് ഭൂമിയുടേതല്ല ഭൂമിക്ക് ഇങ്ങനെ പ്രകാശിക്കാനുള്ള കഴിവില്ല എന്നാലും ഭൂമിയുടേതാണെന്നുള്ള അനുഭവം അത് കേവലം ഭ്രമിച്ചു പോയതാണ് അതുപോലെ ഈ പ്രകാശം സ്വരൂപസ്ഥിതമാണ് തന്നെ തന്നെ സ്ഥിതി എന്നാണ് പ്രകാശം അതാണ് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അത് തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നു താൻ തന്നെ പ്രകാശിക്കുന്നു നാൻ്റെ അടുത്ത് താൻ തന്നെ പ്രകാശിക്കുകയാണ് പക്ഷെ പ്രകാശിക്കുകയെന്ന് വെച്ചാൽ അത് ബോധമാണ് ബോധസ്ഫുരണം എങ്ങനെയോ ഈ ശരീരാദികളിലേക്ക് തതമ്യപ്പെട്ടു താതാത്മ്യപ്പെടുമ്പോ ഉള്ള അതിന്റെ രൂപമാണ് അഹം മമ ഇങ്ങനെ അത് സ്ഫുരിക്കുന്നത് ഞാനീന്നത് സംഭവിക്കുന്നില്ല ഞാനീന്ന് ശരീരത്തിൽ അഹംബുദ്ധിയില്ല പിന്നെവിടെ അഹംബുദ്ധി സ്വസ്വരൂപത്തിൽ തന്നെ അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു ശരീരത്തിലല്ല സ്വസ്വരൂപത്തിൽ തന്നെ സ്ഫുരിക്കുന്നു അസ്വസ്വരൂപ ജ്ഞാനത്തിന്റെ ആകാരമെന്നുള്ള നിലയ്ക്കല്ല സ്വസ്വരൂപ സ്ഫുരണം അവിടെ സംഭവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ മറ്റ് വിഷയങ്ങളോടുള്ള താതാത്മ്യത്തെ വിട്ടിട്ട് അതങ്ങനെ സംഭവിക്കും പറയുന്നു സവിതരീവ പ്രഭ സവിതാവ് പ്രകാശസ്വരൂപനാണ് പക്ഷെ അതിന്റെ ആ പ്രകാശം ഏതുവരെ എത്തി ഇതുവരെ വ്യാപിച്ചത് അപ്പൊ പ്രകാശത്തിന്റെ സ്വഭാവമാണ് അതിന് വ്യാപിക്കാൻ കഴിയുന്നത് അതിന് പ്രസരിക്കാൻ കഴിയും ജഡമായ പ്രകാശത്തിൽ അങ്ങനെ ഒരു പ്രസരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ജഡമല്ലാത്ത കേവലം ചേതനായിരിക്കുന്ന ഈ ആത്മപ്രകാശത്തിലും അങ്ങനെ ഒരു അനുഭൂതി സംഭവിക്കാം അഹം ബ്രഹ്മാസ്മി എന്നു വെച്ചാൽ അത് നിരുപാധികമായി പ്രകാശിക്കാം അത് സ്വയം പ്രകാശിക്കാം ആ പ്രകാശത്തെയാണ് ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവമായി പറയുന്നത് ആ പ്രകാശമുള്ളവനെയാണ് ഇവിടെ ജ്ഞാനി എന്ന് പറയുന്നത് ഗുരു അതാണ് ബുദ്ധന്റെ ജ്ഞാനം അജ്ഞന്റെ ജ്ഞാനം പോലെ വിഷയസംക്രമം കൂടാതെ തന്നെ അത് പ്രകാശിക്കുന്നത് അത് അജ്ഞന് മനസ്സിലാക്കാൻ അവൻ വിഷയത്തോട് ചേർത്തേ ജ്ഞാനത്തിന് പരിചയമുള്ളൂ അതുകൊണ്ട് വിഷയമില്ലെങ്കിൽ എന്ത് ജ്ഞാനമെന്ന് ചോദിക്കും വിഷയമില്ലാതെ എങ്ങനെ ജ്ഞാനം ഉണ്ടാകും വിഷയമില്ലാത്ത ഞാൻ അവന് അറിവില്ല ഇവിടെ പറയുന്നു ജ്ഞാനം എന്ന് പറയുന്നത് സവിതാവും എന്റെ പ്രഭിയും പോലെയാണ് അസുയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ അത് അനുഭവ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് എന്തിന്റെ അനുഭവമാണ് സ്വന്തം ഉൾമയുടെ അനുഭവം മറ്റതിനെ കുറിച്ചുള്ള അതാണ് അഹം ബ്രഹ്മാസ്മി അതങ്ങനെ പ്രകാശിക്കുന്നു അതാണ് ആത്മാവ് നിത്യമുക്തനായിരുന്നാലും ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം വരും ഓരോരുത്തർ ജ്ഞാനം വിഷയങ്ങളോട് സംക്രമിക്കുന്നു മറുഭാഗത്ത് അത് സംഭവിക്കുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് ധർമ്മ സംസ്ഥം സവിതരി പ്രഭ എന്ന് പറയുന്നു തായീതിത്തായി സന്താനപതി സന്താന നിരന്തര അന്തരമില്ലാതെ അവകാശമില്ലാതെ ഏകരൂപത്തിൽ പ്രകാശിക്കുന്നു ബുദ്ധനും എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഏകരൂപത്തിൽ പ്രകാശിക്കുന്നു എന്താൽ ബുദ്ധൻ ജ്ഞാനിയും അജ്ഞാനിയുമാകുന്നില്ല രണ്ടു ആവുന്നില്ല എന്ന അതാണ് ഇവിടെ തായി സന്താനമുള്ളവനെന്ന് പറഞ്ഞു ഏകരൂപത്തിൽ തന്നെ പ്രകാശം സൂര്യൻ ഒരിക്കലും സ്വയം വിരളും വെളിച്ചും ആകുന്നില്ല അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നില്ല പരമമായ സത്യത്തിൽ സൂര്യനും പ്രകാശിക്കുന്നില്ല അതന്നെ പറയുന്നത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് നമ്മളുടെ മുമ്പിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഈ സൂര്യൻ കേരളം വളിച്ചവുമായി പ്രകാശിക്കുന്നില്ല അജ്ഞനങ്ങനെയല്ല അവരുടെ ജ്ഞാനവും അജ്ഞാനവും ഒരുമിച്ചിരിക്കുകയാണ് ജ്ഞാനീ സംബന്ധിച്ചങ്ങനെയല്ല അത് ഏകരൂപത്തിൽ തന്നെ ജ്ഞാനിയായിട്ട് പിന്നെ അജ്ഞാനമാകുക അജ്ഞാനിയായിട്ട് പിന്നെ ജ്ഞാനിയാകാം ഇവിടെ ആരും അജ്ഞാനിയായിട്ട് ജ്ഞാനിയാകുന്നില്ല അതുകൊണ്ടാണ് നിത്യ ബുദ്ധൻ എന്ന് പറഞ്ഞത് അതങ്ങനെ സംഭവിക്കുന്നു അജ്ഞാനിയായിരിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നതെന്നാണ് ഞാൻ അജ്ഞാനിയായി പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഇനി ജ്ഞാനിയാകുന്നു ഇതെല്ലാം അജ്ഞാനിയുടെ കല്പനകളാണ് അല്ലെങ്കിൽ അജ്ഞാനി പറയും എന്താണ് ഞാൻ മുമ്പ് പിന്നെ എന്നുള്ള അജ്ഞാനം വന്നു ഇനി അജ്ഞാനത്തെ നീക്കാൻ വേണ്ടി ജ്ഞാനം നേടുന്നു ഇതെല്ലാം അബദ്ധ കൽപ്പനകളാണ് യുക്തിഹീനങ്ങളായ കൽപ്പനകളാണ് ആദ്യം മുക്തനായിരുന്നു അവൻ പിന്നെ എങ്ങനെ ബദ്ധനാവും അതൊരിക്കലും സംഭവിക്കത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി പ്രയാസപ്പെട്ട് മുക്തി നേടിയാൽ പിന്നെ ബദ്ധനാകും അതുകൊണ്ടിവിടെ ആദ്യം മുക്തനായിരുന്നു പിന്നെ ബദ്ധനാകുന്നില്ല ബദ്ധനായിരുന്നിട്ട് പിന്നെ മുക്തനാകുന്നുണ്ട് പക്ഷേ യുക്തിഹീനമായ ഈ കല്പനകളെന്ത് ചെയ്യുന്നു അജ്ഞാനി കല്പിക്കുന്നു അവനത് കല്പിച്ചേ മതിയാകും എന്നാലും നിത്യസിദ്ധമായിരിക്കുന്ന മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കാൻ പറ്റും അവനും മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കണം അത് നിത്യസിദ്ധമാണ് അപ്പൊ കൽപ്പനകളെ ആശ്രയിക്കാതെ അവൻ എങ്ങനെ പരിശ്രമിക്കണം അതുകൊണ്ടാണ് ഈ കൽപ്പനകൾ ഇങ്ങനെ പക്ഷേ ഞാൻ ഈ പറയുന്നത് ബുദ്ധസ്യ തായ്നഹ അത് നിരന്തരമാണ് നിരന്തരസ്യ ആകാശകൽപസ്യ വീണ്ടും അവിടെ പറയുന്ന ആകാശത്തെയാണ് പറഞ്ഞല്ലോ ആകാശത്ത് എന്തെങ്കിലും ബന്ധം വന്നിട്ടുണ്ടോ ആകാശത്തെ എന്തെങ്കിലും എന്തെങ്കിലും മലിനമാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആകാശത്തിന് ഒരു മാലിന്യത്തിൽ നിന്നും മോചനത്തിന്റെ ആവശ്യം അതിനുള്ള നിരന്തരമെന്ന് പറയും സദാ മുക്തമായി തന്നെയിരിക്കുന്നു പക്ഷേ ആകാശത്ത് നിന്ന് മാറി നിന്നിട്ട് ആകാശത്തെ കണ്ടുകൊണ്ട് അജ്ഞന്മാർ പറയും ഇതാ ആകാശത്തിലൂടെ ഇരളാണ് മറ്റിടത്ത് വെളിച്ചമാണ് ആകാശത്തിൽ പൊടിപടലങ്ങളാണ് ആകാശത്തിൽ കാർമ്മികമാണ് ഇതൊന്നും ആകാശത്തിൻ്റെതല്ല ഇതെല്ലാം ആകാശത്തിന് അനുഭവപ്പെടുമ്പോഴും ആകാശം ഇതിനെയൊന്നും കൊണ്ട് നിൽക്കുന്നില്ല ആകാശം ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രനാണ് നിത്യമുക്തനാണ് ജ്ഞാനിയെ സംബന്ധിച്ച് ആദിബുദ്ധൻ ആദിശാന്തൻ നിത്യമുക്തൻ എന്ന് പറയുന്നത് ജ്ഞാനിയുടെ അനുഭവത്തിന്റെ തലത്തിൽ ഒന്നുകൊണ്ടാണെന്നാണ് ഭക്തൻ അങ്ങനെയല്ല അതുകൊണ്ട് ആകാശകൽപ ആകാശം മുക്തൻ തന്നെ അതുപോലെ ജ്ഞാനിയും നിത്യമുക്തനാണ് അവന്റെ ബുദ്ധിക്കോ ശരീരത്തിനോ സുഖത്തിനോ ദുഃഖത്തിനോ ഒന്നും അവനെ ബദ്ധനാക്കാൻ കഴിയത്തില്ല പ്രജ്ഞാവതവായി എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുകയാണ് പൂജാവാൻ ആരുമുക്തൻ സർവപൂജകൾ സ്വീകരിക്കുന്നവൻ സർവ നമസ്കാരങ്ങൾ സ്വീകരിക്കുന്നവൻ പ്രജ്ഞാവാൻ ആത്മബോധം സ്ഫരിക്കുന്നവൻ അത് ബോധത്തിന്റെ പ്രത്യേകതയാണ് സ്ഫുരണം എന്ന് പറയുന്നത് ആ ബോധത്തിന്റെ സ്ഫുരണമാണെന്ത് അവന്റെ അജ്ഞാനവും ഈ പ്രപഞ്ചവും ബോധത്തിന്റെ സ്ഫുരണമാണ് ബോധത്തിലല്ലേ അറിയുന്നത് ഞാൻ അജ്ഞനാണ് അതേ ബോധത്തിന്റെ സ്ഫുരണമാണ് എന്താ അജ്ഞാന നാശവും പ്രപഞ്ചമിഖ്യാത്തും അതും ആ ബോധത്തിന്റെ സ്ഫുരണമാണ് അവിടെ അവൻ ജ്ഞാനിയായിരിക്കുന്നു അവിടെ അവൻ ബോധിക്കുന്ന എന്താണ് ഞാൻ നിത്യനായ നിത്യനായി ബുദ്ധനായി മുക്തനായിരിക്കുന്നു അവന്റെ ജ്ഞാനത്തിൽ സംക്രമണം സംഭവിക്കുന്നില്ല താതാത്മ്യം സംഭവിക്കുന്നില്ല അതുകൊണ്ട് അവൻ അങ്ങനെയിരിക്കാൻ കഴിയുന്നു സർവേ ധർമ്മ ആത്മാനു അഭിത്തഥാനവദേവ ആകാശകൽപത്വർമേത അർത്ഥാന്തരെ മുക്തം ധരിക്കുന്ന ക്തനും മറ്റുള്ളവരെല്ലാം ബദ്ധരും എന്നല്ല തിരിക്കുന്നു സർവീധർമ്മ എല്ലാ ആത്മാക്കളും അങ്ങനെ എന്ന് പറയുമ്പോൾ എല്ലാ ശ്രോതാക്കളും അങ്ങനെയാണ് ബഹുവനും പറയുന്നത് അവൻ ശ്രോതാവായിരിക്കുന്നതെന്ന് കൊണ്ട് അജ്ഞനായോ ഞാനെന്നും നീയെന്നും അതുള്ള ഭാവത്തിലിരിക്കുന്നു അവിടെ പറയുകയാണ് ആത്മാനാഭി തഥ ജ്ഞാനവദേവ എല്ലാം ഞാനത്തെ പോലെ ആകാശകൽപത്വ ആകാശമാണ് ആകാശത്തിനൊരുപക്ഷെ പല ആകാശങ്ങളുണ്ടെന്ന് തോന്നിയാലും ആകാശം ഒന്ന് തന്നെ അത് അസംഖ്യമാണ് അത് നിത്യമുക്തമാണ് താൻ മുക്തമാണെങ്കിൽ സർവവും മുക്തം തന്നെ ഇതാണ് ഞാനീടെ അനുഭവം അപ്പൊ ഞാനിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്ക് പറയാം സർവരും മുക്തന്മാർ തന്നെ പക്ഷെ അജ്ഞാനി അത് അംഗീകരിക്കുന്നു അജ്ഞാനി പറയുന്നു ഞാൻ മുക്തനല്ല ഞാൻ ബന്ധനസ്ഥനാണ് അപ്പോ ഞാനി എന്തു ചെയ്യുന്നു യവൻ നിത്യം മുക്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവന് ഉപദേശം കൊടുക്കുന്നു മുക്തിക്ക് വേണ്ടി അവൻ്റെ ആ ഉപദേശത്തിന് കേവലം ഇവന്റെ അജ്ഞാനത്തെ മാറ്റാറ് മാത്രം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർവരും ആകാശകൽപത്വ എന്ന ക്രമത്തെ ആ ജ്ഞാനം കുജിതർക്കി അർത്ഥാന്തരം ഇവിടെ ജ്ഞാനസംക്രമണം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് സാധാരണ ചോദിക്കുന്ന ചോദ്യം ഞാൻ എനിക്ക് ഇതൊക്കെ പ്രതീതമായാൽ ഞാൻ പ്രപഞ്ചം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഞാനീ ഇത് ബാധിക്കത്തില്ലേ ശരി അജ്ഞനെപ്പോലെ ബാധിക്കത്തില്ല എന്നാലും ദേശമെങ്കിലും ബാധിക്കത്തില്ലേ അങ്ങനെ ബാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ എന്തുകൊണ്ട് കാണുന്നു അതെല്ലാം ഇങ്ങനെ അനുഭവപ്പെടുന്നു പറയുന്നു ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം ബാധിക്കുമോ ബാധിക്കത്തില്ലേ ഞാനീ സോതൃത്വങ്ങൾ അനുഭവിക്കുന്നു അനുഭവിക്കുന്നില്ലേ ഇതെല്ലാം ജ്ഞാനിയുടെ തലത്തിൽ നിന്നല്ല അജ്ഞന്റെ തലത്തിൽ നിന്നാണ് ചർച്ച ചെയ്യുന്നത് അജ്ഞന്റെ തലത്തിൽ ആണ് പറയുന്നത് എന്താണ് സുഹൃത്തുക്കൾ അനുഭവിക്കുന്നു ജ്ഞാനിയുടെ അനുഭവത്തെ അറിഞ്ഞിട്ടാണോ അജ്ഞൻ ഇതാരോപിക്കുന്നത് ഞാനീടെ സുഖം നിൽക്കും അച്ഛൻ ആരോപിക്കുന്നത് ഞാനീയുടെ അനുഭവത്തെ ഗ്രഹിച്ചിട്ടാണോ അല്ല അജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണത് ഗ്രഹിക്കുന്നത് അജ്ഞാനത്തിൽ നിന്ന് നിൽക്കുന്നവന് പറഞ്ഞല്ലോ അവന് ജ്ഞാനോ അജ്ഞാനവും ഒരുപോലെ ഗ്രഹിക്കും അപ്പൊ അജ്ഞാനത്തിൽ നിന്നും മുക്തനായിട്ടല്ല ജ്ഞാനത്തെ ഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ജ്ഞാനിയുടെ ജ്ഞാനത്തെ അവൻ അജ്ഞാനത്തിൽ നിന്നും മുക്തനായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൻ ആരോപിക്കുകയാണ് എന്താണ് ഞാനീനും സ്വഭാവം ആരോപിക്കുന്നു പക്ഷെ അത് സംഭവിക്കുന്നില്ല കേവലം അജ്ഞനായിരിക്കുന്ന അവനിപ്പോലും വാസ്തവത്തെ സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനീനങ്ങനെ സംഭവിക്കുന്നു അജ്ഞനൻ പോലും ജ്ഞാനത്തിന്റെ സംക്രമണം പരമാളത്വത്തിൽ സംഭവിക്കുന്നില്ല അതവൻ്റെ ഒരു വ്യാമോഹം മാത്രമാണ് അതുകൊണ്ട് കുചിതവി അർത്ഥാന്തരെ ഒരിടത്തും ഒരു വിഷയത്തിനും ഇത് സംഭവിക്കുന്നില്ല അതുകൊണ്ട് സർവധർമ്മ സർവ ആത്മാക്കളും മുക്തരാണ് ഏത് ആദവും ഉപന്യസ്സും ഞാനേ നാഗേയസ് കല്പേന ഇത്യാദി തതിലം ആകാശകൽപസ് തായുനോ ബുദ്ധനകാശകൽപം കർമ്മദേ ആകാശകല്പ് പറഞ്ഞു അതിനോർപ്പിച്ചുകൊണ്ട് പറയാണ് അതിനെ ആകാശ തുല്യം എന്നേ പറയാൻ കഴിയൂ ആകാശ തുല്യമാണ് ഈ ജ്ഞാനീ ബുദ്ധൻ ആ ബുദ്ധന് അവിടെ അനന്യത്വം ഇത് അനന്യമായിരിക്കുന്നു അതുകൊണ്ട് അജ്ഞാനിയുടെ ജ്ഞാനം ഒന്നിനോടൊന്നും താതാന്യപ്പെടുന്നില്ല ജ്ഞാനീ നിങ്ങൾക്ക് എന്തും ആരോപിക്കുക ജ്ഞാനിയും നിങ്ങൾ ജ്ഞാനത്തെ ആരോപിക്കുന്നു അജ്ഞാനത്തെ ആരോപിക്കുന്നു ജ്ഞാനും നിങ്ങൾ ജ്ഞാനിയെന്ന് പറയുന്നത് ജ്ഞാനിയുടെ അനുഭവത്തിൽ നിന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആരോപമാണ് അത് ഞാനും നിങ്ങൾ ജ്ഞാനത്തെ ആരോപിക്കുക നിങ്ങൾ ആരോപിക്കുന്ന ജ്ഞാനമുള്ള ജ്ഞാനിയാണ് കാണുന്നത് വാസ്തവജ്ഞാനിട്ട കാണുന്നത് അതുകൊണ്ട് അവിടെ എന്നും കൽപ്പിക്കാം പക്ഷെ ഞാനിത് സംഭവിക്കുന്നില്ല ഞാനി അറിയുന്നു ഇതൊരു ആത്മാക്കൾ ഇത് സംഭവിക്കുന്നില്ല പരമാർത്ഥത്തിൽ ജ്ഞാനസംക്രമണം സംഭവിക്കുന്നില്ല എന്നറിയുന്നു കുചിതപ്പി അർത്ഥാന്തര ഒന്നിലും ഒരു വസ്തുവിനും യഥാധർമ്മിരി ആകാശമ അചലം അവിക്രിയം നിരവയം നിത്യം അദ്വിതീയം അസംഗം അദൃശ്യം അഗ്രാഹ്യം അശ്വനായ ഗതീതം ബ്രഹ്മാത്മതത്വം എത്ര വാക്കുകളെ കൊണ്ട് ഇതിനെ വിശേഷിപ്പിച്ചാലും ആ വിശേഷങ്ങളിലൂടെ അല്ലെങ്കിൽ ആ വിശേഷണങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ ഇതിനെ പൂർണമാക്കാൻ പറ്റുന്നില്ല അത് സ്വസ്വരൂപത്തിലാണ് നേരത്തെ പറയണെങ്കിൽ ബ്രഹ്മസ്വ സംസ്ഥം ധർമ്മ സ്വസ്വരൂപത്തിൽ സ്ഥിതമാണ് സ്വസ്വരൂപത്തിൽ മാത്രമേ പൂർണ്ണതയുള്ളൂ എന്നാലും എല്ലാ നിഷേധങ്ങളെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിശേഷങ്ങൾ പറയുന്നത് ആകാശം വിവാഹം ആകാശത്തെ പോലെ ചലന വർദ്ധിതമായിരിക്കുന്നു അവിക്രിയം വികാരഹിതമായിരിക്കുന്നു നിരവയവും അവയവങ്ങളില്ലാതിരിക്കുന്നു നിത്യമായിരിക്കുന്നു അദ്വിതീയമായിരിക്കുന്നു അസംഗമായിരിക്കുന്നു അദൃശ്യമായിരിക്കുന്നു ഇന്ദ്രിയങ്ങൾ തുഷയമായിരിക്കുന്നില്ല അഗ്രാഹ്യമായിരിക്കുന്നു ബുദ്ധിമുട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല ശനായാദ്യതീതം ഇതിനോട് വളരെ താതാത്മ്യപ്പെട്ടിട്ട് എനിക്ക് വിസക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എന്നെല്ലാം പറയുന്ന ആ ജ്ഞാനസംക്രമണം അതിനെല്ലാം അതീതമായിരിക്കുന്നു ബ്രഹ്മാത്മ തത്വം ബ്രഹ്മം ആയിരിക്കുന്നു എന്റെ സ്വരൂപം ഞാൻ ബ്രഹ്മാത്മതത്വം എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് പരമാർത്ഥം അത് പരമാർത്ഥമായിരിക്കെ കേവലമായ ഭ്രമം കൊണ്ട് ബാക്കി സർവകാര്യങ്ങളും ബന്ധമോക്ഷങ്ങൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നഹി ദ്രഷ്ട ദൃഷ്ടേഹേ വിപരിലോകോ വിദ്യതേ അവിനാശിത്വ ഇത് പല സ്ഥലത്തിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ശരി നിന്റെ ബോധം മറയാം ഉണ്ടാകാം നീ ഉണർന്ന് ജ്ഞാനിയായിട്ടിരിക്കാം ി അജ്ഞനായി തിരിക്കാം ഇതൊക്കെ നിന്നെ സംഭവിക്കാം പക്ഷെ നിന്റെ സ്വരൂപമായിരിക്കുന്ന ദ്രഷ്ടാവ് ആ ദ്രഷ്ടാവിന്റെ ഒരു ദൃഷ്ടിയുണ്ട് ജ്ഞാനപ്രകാശം അതിന്റെ സ്വരൂപം തന്നെയാണ് അങ്ങനെയുള്ള ജ്ഞാനപ്രകാശവും അതിന് വിപരിലോകം അതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല അത് അതിന്റെ സ്വരൂപത്തെ പരിത്യജിച്ചിട്ട് വിഷയങ്ങളിലേക്ക് പോവുക വിഷയങ്ങളോട് താതമ്യപ്പെടുക അഹന്ത മമത ഇതിനെയൊക്കെ ബന്ധമോക്ഷ കൽപ്പനകളെ ഉണ്ടാക്കും ഇതൊക്കെയാണ് വിപരിലോകം അങ്ങനെയുള്ള വിപരിലോകങ്ങളൊന്നും അതിൽ സംഭവിക്കുന്നില്ല നവിദ്യതേ അത് പ്രകാശസ്വരൂപമായിരിക്കുന്നു എന്നേ പറയാൻ പറ്റും ജ്ഞാനസ്വ സ്വരൂപമായിരിക്കുന്നു സദാ ആനന്ദ സ്വരൂപമായിരിക്കുന്നു സത്സ്വരൂപമായിരിക്കുന്നു അതിന് മാറ്റം സംഭവിക്കുന്നില്ല എന്നാണ് എന്നാലും ഒരു നജ്ഞനായിത്തീരുന്നു എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ തത്പീ ശ്രുതേയർഭേദരഹിതം പരമാർത്ഥതം അദ്വയം ആ പരമാർത്ഥതത്തെക്കുറിച്ച് പറയുന്ന എങ്ങനെയാണ് അത് ജ്ഞാനുർഭേദരഹിതമാണ് ഇത്തരം ഭേദങ്ങളൊന്നും അവിടെയില്ല അതാണ് പരമാർത്ഥതം അത് അദ്വയമാണ് അദ്വയമായതുകൊണ്ട് നിങ്ങളവിടെ അജ്ഞാനിന്നും വേദിയിരിക്കണ്ട അതിനേകമായി ഗ്രഹിച്ചാൽ മതി ഏത ഭാഷിതം ഇങ്ങനെയുള്ള അദ്വയമായ ഈ പരമാർത്ഥ തുദ്ധനുപദേശിച്ചിട്ടില്ല എന്താ ബുദ്ധനുപദേശിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഇവിടെ ഈ വെളിപ്പെടുത്തിയ രീതിയിൽ ഈ പരമാർത്ഥ തത്വത്തെ ഉപദേശിക്കാൻ ബുദ്ധന് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നിരാകരണം വസ്തുപ്യമു ബുദ്ധൻ പറഞ്ഞതിന് ഇത്രമാത്രമേ എത്തിയുള്ളൂ എന്താണ് ബാഹ്യാർത്ഥ നിരാകരണം അദ്വീതി ചെയ്തതുപോലെ തന്നെ ബാഹ്യാർത്ഥത്തെ നിരാകരിച്ചു ജ്ഞാനമല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു മാത്ര കൽപ്പന മാത്രമാണെന്ന് പറഞ്ഞു ഇതെല്ലാം അദ്വൈതി പറഞ്ഞതിനോട് വളരെ സമീപത്തിൽ വരുന്നുണ്ട് അദ്വൈ വസ്തു സാമീപ്യം അദ്വൈ വസ്തുവിന്റെ ബോധത്തിന് ഉപകരിക്കുന്നതാണ് ഇതൊക്കെ പക്ഷെ അദ്വൈത വസ്തുവിനൂടെ കൂടി കുറച്ചുകൂടി ഇമ്പോട്ട് പോണം ഇവിടെ പറയുന്ന തരത്തിലുള്ള നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായ അദ്വൈവസ്തുവിനെ പ്രതിപാദിച്ചില്ല എന്നാൽ അതിനോട് അടുത്തുവരെ എത്തി എന്നാണ് ബുദ്ധന്റെ ഉപദേശം അന്ന് പറഞ്ഞു നെയ്തൻ ബുദ്ധേനു ഭാഷിതം ഇക്കാര്യം ബുദ്ധൻ ഉപദേശിച്ചിട്ടില്ല ഇതന്തു പരമാർത്ഥ തത്വം അദ്വൈതം വേദാന്തിഷേയ വിജ്ഞയം ഈ പരമാർത്ഥ തത്വമായിരിക്കുന്ന അദ്വൈതം വേദാന്തത്തിൽ മാത്രമാണ് വിജ്ഞയമായിരിക്കുന്നത് ബുദ്ധൻ ഉപദേശിച്ചല്ല എന്ന് പറയുമ്പോൾ ചെറു ജ്യോതിയും ബുദ്ധനെയും ജ്ഞാനിയെന്ന് പറയുന്നുണ്ടല്ലോ നിർവ്വാണത്തെ പ്രാപിച്ച ആളാണെന്ന് പറയുന്നു ബുദ്ധന്റെ ഉപദേശങ്ങൾ മനുഷ്യകാരം പറയുന്നു ഇത് അതിനോടടുത്ത് നിൽക്കുന്നതാണ് എന്നാലതല്ലെന്ന് പറയുന്നു പക്ഷേ ഇതേ തരത്തിലുള്ള ബുദ്ധന്റെ ഉപദേശങ്ങൾ ഇന്ന് ലബ്ധമാണ് അപ്പൊ പിന്നെ ഇത് ബുദ്ധൻ ഉപദേശിച്ചില്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു അതിന് പറയുന്നത് കാരണം ഒന്ന് ബുദ്ധന്റെ ഉപദേശങ്ങൾ ഭാഷ്യകാരന്റെ കാലത്ത് ലഭിച്ചിരുന്നത് നാല് തരത്തിലാണ് ക്ഷണിക ശൂന്യവാദം പിന്നെ ബാഹ്യാസ്തിത്വം ബാഹ്യ അസ്വസ്ഥ നിരാകരണിങ്ങനെ പലതരത്തിലാണ് സൌത്രാന്തികന്മാർ വൈഭാഷികന്മാര് മാധ്യമികന്മാര് ക്ഷണിക വിജ്ഞാനവാദികൾ ഈ തരത്തിലാണ് എന്നാൽ ബുദ്ധന്റെ കാലത്തിനും ആയിരം വർഷത്തിനു ശേഷമാണ് ഭാഷ എഴുതുന്നത് ആ സമയമായപ്പോഴേക്കും ബുദ്ധന്റെ ഈ ദർശനങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും മാറ്റം വരുത്തിയ ദർശനങ്ങളെയാണ് കൂടെ ചർച്ച ചെയ്യും ്രഹ്മസൂത്രത്തിൽ അത് സൂചിപ്പിക്കുന്നു അത് ശിഷ്യന്മാരാവിഷ്കരിച്ച സിദ്ധാന്തമാണ് അതിനാണ് ബൗദ്ധ സിദ്ധാന്തമായിട്ട് പിൽക്കാലത്ത് അറിഞ്ഞത് ബുദ്ധൻ ഉപദേശിച്ചതായിട്ട് അവിടെ ക്ഷണിക വിജ്ഞാനവാദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അദ്വൈതമല്ല അദ്വൈതമല്ല പറയുന്നത് അതിനെയാണ് ഇവിടെ നിഷേധിക്കുന്നത് ുദ്ധന്റെ ഉപദേശങ്ങളെ പരാമർശിക്കുന്നേയില്ല ശങ്കരാചാര്യർ ബുദ്ധന്റെ ലളിതമായ ഉപദേശങ്ങൾ അങ്ങനെയൊന്നും സ്പർശിക്കുന്നേയില്ല ബുദ്ധന്റെ അനുയായികളുടെ ഉപദേശങ്ങളെയാണ് കാരണം അങ്ങനെ ഒരു ബുദ്ധന്റെ അനുയായികൾ ചെയ്തതുപോലെയുള്ള ഒരു തത്വ വിചാരം ബുദ്ധന്റെ ഉപദേശങ്ങളല്ല ആ തത്വവിചാരത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത് അതിന് മറ്റു പല കാരണങ്ങളും അങ്ങനെ എന്തായാലും ഈ കാര്യത്തിൽ അർത്ഥം വിവാദമുള്ളതാണ് കാരണം ക്രമത്തെ നഹി ബുദ്ധസ്യ അവിടെ ബുദ്ധൻ എന്ന് പറഞ്ഞതിന് അർത്ഥം പറഞ്ഞത് സർവത്ര ബുദ്ധൻ എന്ന് പറയുന്നതിന് ജ്ഞാനി എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് അതേസമയം അടുത്ത് നെയ്തത് ബുദ്ധേന ഭാഷിതം എന്ന് പറയുന്നത് അത് ബുദ്ധൻ എന്ന് പറയുന്നത് കൊണ്ട് ആദിബുദ്ധൻ എന്ന് പറഞ്ഞു ബാക്കിയുള്ളിടത്തെല്ലാം ബുദ്ധശബ്ദത്തിന് തത്വജ്ഞാനിയെന്നും ഇവിടെ മാത്രം ബുദ്ധശബ്ദത്തിനൊരു വ്യക്തിയെന്ന് അർത്ഥം കൊടുക്കുന്നത് ശരിയേട്ട എന്ന് പറഞ്ഞതിന് ചിലർ മറിച്ചു വ്യാഖ്യാനിക്കുന്നു അത് എങ്ങനെയാ പറയുന്നത് ഭാഷ എന്ന് പറഞ്ഞാൽ മുൻപ് സൂചിപ്പിച്ചതായ ഈ ജ്ഞാനത്തിന്റെ സംക്രമണം അത് ബുദ്ധേന തത്വജ്ഞാനികളുടെ ഭാഷിതം ഉപദേശിച്ചിട്ടില്ല അങ്ങനെ ചില ഭാഷ്യകാരനെ തിരുത്തി വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനം അല്ല ശരി അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട് കാരണം അങ്ങനെ പറയാൻ കാരണം ബുദ്ധശബ്ദം ഇവിടെ പല സ്ഥലത്തും അവിടെ എങ്കിലും ഈ ഒരു സ്ഥലത്തല്ലാതെ ബുദ്ധന് ബുദ്ധൻ എന്നു പറയുന്ന വ്യക്തി എന്നുള്ള അർത്ഥം അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഇവിടെയും മുമ്പ് പറഞ്ഞു ബുദ്ധസ്യ അവിടെ ശശിയിൽ പറഞ്ഞു ഇവിടെ ബുദ്ധേന കൃതിയിൽ പറഞ്ഞു ഇതൊരു ബുദ്ധൻ തന്നെയാണ് തത്വജ്ഞാനി തന്നെയാണ് തത്വജ്ഞാനി ന ഭാഷിതം മുമ്പ് പറഞ്ഞെന്താണ് ക്രമത ആ സംക്രമണം അക്കാര്യത്തെക്കുറിച്ചല്ല തത്വം ഞാൻ ഈ പറയുന്നത് എന്നുവെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അത് തത്ത് ഞാൻ സംക്രമണത്തെ അല്ല തത്വം എന്റെ സ്വരൂപസ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത് എന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെയാവാം എന്തായാലും അതിന്റെയൊക്കെ താല്പര്യം ഒന്ന് തന്നെ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ് അജാതി ബോധിപ്പിക്കുന്നു അജാതിയിൽ തന്നെ ആരാണ് ജ്ഞാനി ആരാണ് അജ്ഞാനി എന്ന് ബോധിപ്പിക്കാൻ ജ്ഞാനിയിൽ ആ ജ്ഞാനത്തിന്റെ സ്ഥിതി എന്താണത് വിശദമാക്കാൻ ശ്രമിക്കുന്നു ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും താല്പര്യം ഒന്ന് തന്നെയാണ് ക്രമത്തെ നൈതദ്ബുദ്ധേന ഭാഷ